പുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ന്തിലം മഹാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരഹം ഗുരുസക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത് വ്യാത്തദേഹായ ദക്ഷിണാമൂർത്തമധ്യം നി കരചരണം നമഗോത്രം നൂത്രം നോജാതിനൈവ വർണ്ണത്തി പുരുഷോ നസം നീ നം നൈകാരം നി ജനിമരണം പുണ്യം നാപം തന്നോ തും സഹജ സമരസം സദ്ഗുരും തം നമു സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യം വന്ദേ ഗുരുപരംപരാ മൗനവ്യാഖ്യകടം യുവാനം വർഷിഷ്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിമുദനം ദക്ഷിണമൂർത്തിമീഡേ വേദന്വിഭാസകാതയേ ശാന്യ സാനാതിനഗേന്ദ്രസങ്കപവേ യോഗീന്ദ്രവ്യ മോഹധ്വാദിവാകരാഗവത് വിിഭ്രീ തസ്മൈ ഭാഷ്യമോസ്തു സതതം പൂർണ്ണ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണ ഗഭീരം ചിന്വഹീനം ഹൃദി ദേഹം മൃണ്മയവജ്ജടാത്മകമഹം ബുദ്ധിർന്നാഹം തതിസമയ സിദ്ധാത്മസദ്ഭാവം ഭാവയു കു വരധിയ ദൃഷ്ടനിാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാ ചലശിവ പൂർണോ വിഭാതി സ്വയം കരുണാൂർണസുധ്ധേ കബളിതഘനവിശ്വകിരണാവലിയ അരുണാചല പരമാരുണോഭവിത്തു വികസ രുണാചലസം ഭൂ സ്ഥിവാ പ്രലീനമേത ചിത്രം ഹൃദ്യഹിത്മതയാ ഭോഹോ തേ വദി ഹൃദയം നാമ അഹമിതി കൂത ആയാതീന്ഷ്യന്ത പ്രവിഷ്ടയാമലധ്യം അവഗമ്യ സ്വം ൂപം ശാമ്യരുണാചല നദീവാബൗ തൃക്വിഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്ത പശ്യത് യോ ദീധിതി അരുണാചല ി മഹീയം തേ ്യർതമനസാ പശ്യൻ सर्वं യാതം ഭജത്തെ അനന്യീ സജയത്യുണാചലത്വി സുഖേ മഗ്നഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹതി സാക്ഷാത്മരുപേണ ഭാതി ഹൃദി വിഷമനസാ ശിൻവതാ പവനചലന റോധാത്മനിഷ്ടോഭവ യജ്ജാത ജഗത്സം യലീയതേദം ധാരയത്തെ ചൈവ തസ്മൈ ജാനത്മനേനമഹം ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചസരേക്ഷുചാ പ്രണപ്രിയം നൗമു പിണേ കോണത്രയസ് കൂലൈവതം നഹം നമാമിഖാലകുന്തളാ ഭസണസുധാനദീ ചൂടോത്തംസിതചന്ദ്രചാരുകളി ചഞ്ചക്ഷി കാസ്വരൂ ലീലാദഗ്ധവിലോലകഫുരൻ അന്തസ്ഫൂർജത പരമോഹദതിരപ്രാഗ്ഭാരുചാടയൻ ചേട്ട സത്മനി ജാനപ്രദീപോഹരഹ ജവവദുമാക്കും സിധി സിധി കാരസമാനക്കാതിവദിരാജസ്തു മൂക്കാമപുരീകാശവാഗവൈഭവം ശ്രീകക്ഷീനീവിരം ശോകാഹന്ത്രീ സാണയപരംപരാ പശുപത്തെ ആകാരിണീ രാജത്തെ യോന്ത് പ്രവിശ്യ മമ വാചിമാസുപ്തീവയ ശക്തിധരസ്വതാ അനാശ് ഹരണ്രവണത്ഗാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാ യുഭ്യം ഹരി ഓ पार्थाय പാർയ പ്രതിബോധിതായണേന मध्ये महाभारतं ഗ്രഥിതം भगवतीं മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷിണീ അഷ്ടാദാധ്യനുസന്ദമീതണ നമോസ്തുവ്യാസവിളബുദ്ധേ ഫുല്ലപത്രേത്ര യാതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപ്പന്നപാരിജാതോത്രവേത്രൈകണമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമോപനിഷദോ ഗാവോ ദോധാഗോപനന്ദന പാർോ വത്സുധീർഭോക്തം ഗീതമൃതം മഹത് വസുദസുതം ദും കംസചാണൂരമർദനം ദകീപരമാനന്ദം മൂക്കം കരോളം പങ്കും ലംഘയത്തെ ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുത സ്തുവ്യൈ സ്തൈ വേദൈ സാംഗപദ്രമോപനിഷദേ ഗായം സാമഗാധ്യവസ്ഥതദ്ഗുഃസുരാഗണാ ദേ പാർസാരഥിണ ശുഭം ഗിരം പാർയാർത്തിഹരോ ദൂർത്തിനീഭവാച അഭയം സത്വസംശുദ്ധി ജാനയോസ് ദാനം ദമശ്ച യശ്ച സ്വാധ്യത ആർജവം അഹംസോധ്യഗരപൈശുനൂതത്തെ മാർദം ഹ്രീരചാലം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോനാതിമാനിതം സമ്പദം ദൈവീം അഭിജാത ഭഗവാൻ ദൈവീസമ്പത്തോടുകൂടെ ജനിച്ചിട്ടുള്ളവൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാണോ പൂർത്തിയാക്കുന്നത് ീസംപത്തുള്ളവന്റെ ലക്ഷണങ്ങൾ അഭയം സത്വസംശുദ്ധി ജ്ഞാനോസ് ദാനം ദമ് യധ്യയ തപ ആർജവം അഹിംസ ഇതര നോക്കി അഹിംസ സത്യം അക്രോധ ഇതൊക്കെ തന്നെ യോഗസൂത്രത്തില് പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ ഈ ലക്ഷണങ്ങളെയൊക്കെ അതിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്നും പറഞ്ഞ് പ്രതിപാദിക്ക പ്രതിപാദിക്കുന്നുണ്ട് അഹിംസാപ്രതിഷ്ഠാ തത്സന്നിധൗ വൈരത്യാഗ സത്യപ്രതിഷ്ഠാ ക്രിയാഫലാശ്രയത്വം അഹിംസയിലൊരാള് നിഷ്ഠനായെങ്കിൽ തത്സന്നിധവും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് മറ്റുള്ളവർക്കുള്ള വിരോധവും ദ്വേഷമൊക്കെ പോവും തത്സന്നിധവും വൈരത്യാഗാഹം മറ്റുള്ളവന് ഹൃദയത്തിലുള്ള വെറുപ്പ് ദ്വേഷം ആത്സതി അതൊക്കെ ഉള്ളു പോയി പോവും ഒരാള് അഹിംസയിൽ പ്രതിഷ്ഠിതനാണെങ്കിൽ എന്ന് അതിന് നമ്മളെ ഋഷികളുടെ കഥകളൊക്കെ കാണാം അവരുടെ അടുത്ത് പരസ്പരം വിരുദ്ധമായ മൃഗങ്ങൾ പോലും പ്രിയമായിട്ടിരിക്കണത് ഋഷികളുടെ കഥ മാത്രമല്ല ഇന്ന് തന്നെ ആളുകളും പുലിയും സിംഹവും ഒക്കെ സ്നേഹം വരുമ്പോൾ ആ മൃഗങ്ങളുടെ സ്വഭാവം പോലും മാറുകയാണ് ഞാൻ ഒരിടത്തൊരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടു ഒരു സിംഹക്കുട്ടിയെ ഒരു ഭർത്താവും ഭാര്യയും കൂടെ കുട്ടിക്കാലം മുതൽ വളർത്തി കുറച്ച് വലുതായി കഴിഞ്ഞാൽ വീട്ടിൽ വെക്കാൻ സമ്മതിക്കാത്ത നിയമം വീട്ടിൽ വെക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അമേരിക്കൻസാണ് അവരെ കാട്ടിൽ കൊണ്ടു ചെന്നാക്കി സിംഹ കുട്ടിയെ അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞ നിങ്ങൾക്ക് ഇപ്പോ പോലും അത് ഇന്റർനെറ്റിൽ ഉണ്ടാവുമായിരിക്കും എനിക്ക് ഒരിടത്ത് കാണാൻ സന്ദർഭം വന്നു വളരെ ആശ്ചര്യമായ സീനാണ് വളരെ കാലത്തിന് ശേഷം അത് വലിയ സിംഹമായി വളരെ ഭയങ്കരമായ ഒരു സിംഹമായിട്ട് മാറിയ ശേഷം ആ സിംഹത്തിനെ കാണാൻ ഈ ഭർത്താവും ഭാര്യയും കൂടെ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഇവരൊരു കന്ന് കയറി പോകുന്നു ആ സിംഹം അവിടെ നിങ്ങൾ വരണ്ട് ഇവരെ കാണുമ്പോ ശരിക്കും നമ്മളൊരു നായ്ക്കുട്ടിയെ വളർത്തിയാൽ അതെങ്ങനെ സ്നേഹത്തോട് ഓടി കെട്ടിപ്പിടിച്ച് നക്കിത്തൊടച്ചൊക്കെ ചെയ്യുവോ അതുപോലെ ഈ വലിയ സിംഹം ഓടിവന്ന് അതി പുരുഷനെയും പിന്നെ ആ സ്ത്രീയെയും മാറി മാറി നക്കിത്തൊടക്കുകയാണ് സ്നേഹം മനസ്സിലാവാത്തത് ആർക്കും ഇല്ല എന്നാണ് എല്ലാ മൃഗങ്ങൾക്കും എല്ലാവർക്കും പ്രിയം പ്രിയത്തിന്റെ ഭാഷ മനസ്സിലാവും കാരണം പ്രിയം ആത്മാവിന്റെ സ്വഭാവമാണ് തസ്യ പ്രിയമേവ ശിര മോദോ ദക്ഷിണ പക്ഷ പ്രമോദ ആനന്ദ ആത്മാ അപ്പോ പ്രിയം തന്നെ അഹിംസയുടെ പോസിറ്റീവാണ് പ്രിയം അറിയും ഹിംസിക്കാതിരുന്നാൽ മാത്രം പോരാ എല്ലാരോടും പ്രിയ ഉണ്ടാവണം വൈദിക ഋഷികൾക്ക് സർവഭൂതജാലങ്ങളോടുള്ള പ്രിയമാണ് നമ്മൾ ശാന്തി മന്ത്രത്തിലൊക്കെ കാണുന്നത് ദ്യൗശാന്തി ദിശാന്തി അന്തരീക്ഷശാന്തി ഓഷധയ ശാന്തി വനസ്പതയ ശാന്തി എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ നാൽക്കാലികൾക്ക് ശാന്തി ഉണ്ടാവട്ടെ ഇരുകാലികൾക്ക് ശാന്തി ഉണ്ടാവട്ടെ പക്ഷിമൃഗാദികൾക്കൊക്കെ ശാന്തി ഉണ്ടാവട്ടെ പ്രിയമാണ് ആ പ്രിയം ദൈവീസമ്പത്താണ് ബുദ്ധൻ ബുദ്ധഭഗവാൻ ധ്യാനിക്കാനായിട്ട് യോഗോപദേശം യോഗാദേശം ചെയ്യുമ്പോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയുണ്ട് ഇത് വിവേകാനന്ദ സ്വാമികളും തന്റെ രാജയോഗത്തില് അതെടുത്തു പറയേണ്ടത് ബുദ്ധന്റെ മാർഗം എന്ന് പറഞ്ഞിട്ട് അതായത് ധ്യാനിക്കാനിരിക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കിഴക്ക് ദിക്കിലുള്ളവർക്കൊക്കെ സുഖമുണ്ടാവട്ടെ പടിഞ്ഞാറ് ദിക്കിലുള്ളവർക്കൊക്കെ ആനന്ദുണ്ടാവട്ടെ വടക്ക് ദിക്കിലുള്ളവരൊക്കെ സുഖമായി ശാന്തമായിട്ടിരിക്കട്ടെ തെക്കോട്ട് ദിക്കിലുള്ളവർക്കൊക്കെ ശാന്തിയും ആനന്ദവും ഉണ്ടാവട്ടെ ഊർധ്വഭാഗത്തിൽ വസിക്കുന്നവർക്കൊക്കെ ശാന്തി ഉണ്ടാവട്ടെ അധോലോകത്തിൽ വസിക്കുന്നവർക്കൊക്കെ ശാന്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് സർവദിശകളിലേക്കും അഭയം ദദ്ധ്യ അഭയം കൊടുത്തിട്ട് ധ്യാനിക്കാങ്ങണം ഹൃദയം എത്ര കണ്ട് വികസിക്കുന്നു അത്ര കണ്ട് ആത്മാ ആത്മജ്ഞാനത്തിന് ആത്മാനുഭവത്തിന് നമ്മൾ അടുത്തടുത്തു പോകും ശ്രുതി തന്നെ ജ്ഞാനിക്ക് ലക്ഷണം പറയുന്നത് അങ്ങനെയാണ് അഗ്നിർമൂർധം ചുഷീ ചന്ദ്രസൂര്യ ദിശശ്രോത്രേ വാഗ്വിവൃതാശ്രവേദാഹ വായു പ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ധ്യം പൃഥ്വീ സർവഭൂതാന്തരാത്മാ അദ്ദേഹത്തിന് ഹൃദയം വിശ്വമാണ് വിശ്വം തന്നെ ഹൃദയമാണെന്ന് അഹിംസ സത്യം അക്രോധം ക്രോധം ഇന്നലെ പറഞ്ഞു ആഗ്രഹത്തിൽ നിന്നാണ് ക്രോധം വരുന്നത് ആഗ്രഹമില്ലാത്തവൻ എന്ത് ക്രോധം എപ്പോഴും ക്രോധം വരുന്നത് എനിക്ക് കിട്ടേണ്ടത് വേറെ ഒരാളെ എടുത്താൽ അപ്പൊ വരുന്ന വികാരത്തിനാണ് മുഖ്യമായും ക്രോധം എന്നർത്ഥം ഒരു ചെറുപ്പക്കാര സന്യാസി നാട്ടിൻപുറത്തിൽ യാത്ര പോയിട്ട് നാട്ടിലെ ചിലര് വേലിത്തർക്കായിട്ട് ചണ്ട കൂടുന്നത് കണ്ടു കണ്ടപ്പോ ആ സന്യാസി തിരിച്ചു വന്ന് തന്റെ ഗുരുവിന്റെ അടുത്ത് ഒരു വൃദ്ധസന്യാസി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് എന്തിനാ ഈ നാട്ടുകാരൊക്കെ ശണ്ട കൂടുന്നത് അതോ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ഇയാളുടെ കയ്യിൽ ഒരു കമണ്ടല ഉണ്ട് അതിങ്ങട്ട് തരൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ യുവസന്യാസി ആ വൃദ്ധന്റെ കയ്യിൽ ആ കമണ്ടലം കൊടുത്തു ആ വൃദ്ധൻ ആ കമണ്ഡലം വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇതേ ഇത് ഞാൻ ഇനി നനക്ക് തിരിച്ചു തരില്ല ഇത് എന്റെ ആണ് ഈ കമണ്ടല എന്റെയാണ് അപ്പോ ആ യുവസന്യാസി പറഞ്ഞു അതിനെന്താ സ്വാമി എടുത്തോളൂ അപ്പൊ ആ വൃദ്ധൻ പറഞ്ഞോടൂ തനിക്ക് ചണ്ട കൂടണത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ പറ്റില്ല തന്നെ പഠിപ്പിക്കണമെങ്കിൽ തന്റെ കമണ്ടല ഞാൻ വാങ്ങിക്കുമ്പോ തരില്ല ഇത് എന്റെ താൻ അവകാശപ്പെട്ടാലേ ചണ്ട കൂടാൻ പറ്റുള്ളൂ താൻ അവകാശപ്പെടാൻ തയ്യാറല്ല തന്നെ എങ്ങനെ പഠിപ്പിക്കും തൻ്റെ ഈ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ലൗകികരായിട്ടുള്ളവർ ചണ്ടകൂടുന്നത് അക്രോ ക്രോധ ഈ ക്രോധം ദ്വേഷം ക്രോധത്തിന്റെ മുഖ്യ വി വികാരമാണ് ദ്വേഷം വെറുപ്പ് വരുമ്പോ നമ്മൾ മറ്റുള്ളവരെ ഹിംസിക്കണമെന്നുള്ള കാര്യം പോട്ടെ മുഖ്യമായിട്ട് ആദ്യം നമ്മൾ നമ്മളെ തന്നെയാണ് ഹിംസിക്കണത് നമ്മളുടെ ഉള്ളിൽ ആരുടെയോ പേരിൽ ഒരു രൂപം അല്ലേ ഇപ്പോ പാകിസ്ഥാനിൽ ഉണ്മയാണോന്ന് എനിക്കറിയില്ല വാസ്തവത്തിലാണോന്നറിയില്ല ഈടം പറഞ്ഞ കേട്ടു പാകിസ്ഥാനിൽ കുട്ടികൾക്ക് കണക്ക് പഠിപ്പിക്കണത് പോലും ഒരാള് നാല് ഇന്ത്യക്കാരനെ ചുട്ട് കൊന്നു വേറെയൊരുത്തൻ അഞ്ച് ഇന്ത്യക്കാരനെ ചുട്ട് കൊന്നു മൂന്നാമത് ഒരാള് ആറ് ഇന്ത്യക്കാരനെ ചുട്ടുകൊന്നു ഇപ്പൊ മൊത്തത്തിൽ എത്ര ഇന്ത്യക്കാരെ എത്ര പേര് ചുട്ടുകൊന്നു കുട്ടികൾക്ക് കണക്ക് പഠിപ്പിക്കുന്നത് മുതൽക്ക് ദ്വേഷാണത്ര ഇപ്പോ ഇന്ത്യക്കാരാണോ ഒന്നും ആ കുട്ടികൾക്കറിയില്ല ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പാകിസ്ഥാനെ ദ്വേഷിക്കണം വെച്ചോളൂ നമുക്ക് പാകിസ്ഥാൻകാരൻ ആരാണോ ഒന്നും അറിയില്ല നമ്മളുടെ ഉള്ളിൽ ഒരു രൂപം ആരെയോ ഒരു ഭാവന ആ ഭാവന ചെയ്തിട്ട് നമ്മള് നമ്മളുടെ ഉള്ളിൽ നമ്മൾ തന്നെയാണ് പാകിസ്ഥാനിയായിട്ട് മാറണത് അല്ലേ നമ്മൾ തന്നെയാണ് നമ്മളുടെ ചിത്ത് തന്നെയാണ് ഒരു വശത്ത് പാകിസ്ഥാനിയായി മാറി ഒരു വശത്ത് ഞാനായി നിന്നിട്ട് ഒരു വിദ്വേഷം എന്ന് പറയുന്ന ഒരു എനർജി അങ്ങടയ്ക്ക് വിടണത് പാകിസ്ഥാനിലുള്ളവനെ ബാധിക്കോ ഇല്ലയോ എന്റെ ഉള്ളിൽ നിശ്ചയമായിട്ടും നാടി എന്നരമ്പൊക്കെ ഈ വിദ്വേഷം കൊണ്ട് വെറുപ്പ് കൊണ്ടും ആശ്ചര്യം കൊണ്ട് നിറയ്ക്കപ്പെട്ടു അശാന്തി ഉണ്ടായി തൽക്കാലത്തേക്ക് ഇനി ഒരു അരമണിക്കൂറിന്റെ ഇടയിൽ ഊണ് കഴിക്കുന്നതൊന്നും ദഹിക്കില്ല ഹിംസ ക്രോധം ഒക്കെ ഒരേ സ്വഭാവത്തോടുകൂടിയതാണ് ദ്വേഷം അപ്പൊ ഇതൊക്കെ തന്നെ നമുക്ക് നമ്മൾ തന്നെ ഹിതം ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോ യോഗ ചിത്തവൃത്തി നിരോധ യോഗം എന്ന് ഒരു ഡെഫിനിഷൻ അത് പൂർണ്ണമായ നിർവചനമല്ല പക്ഷെ എല്ലാ നിർവചനത്തിന്റെയും അകക്കാം അതുണ്ടാവണം ചിത്തവൃത്തി നിരോധമാണ് യോഗം എന്ന് പതഞ്ജലി പറഞ്ഞു ചിത്തവൃത്തികൾ എന്ന് വെച്ചാൽ വിചാരങ്ങൾ തോട്ട്സ് തോട്ട്സ് കുറയും തോറും നമുക്ക് ശാന്തി ഉണ്ടാവും വിചാരങ്ങൾ കുറയും തോറും ശാന്തി ഉണ്ടാവും ശാന്തമായിട്ടിരിക്കുമ്പോ ഉള്ളിൽ ശ്രദ്ധിക്കാ വിചാരങ്ങളെ ഉണ്ടാവില്ല അതാണ് മനസ്സമാധാനം എന്ന് പറയുന്നത് ഒരു തെറ്റായ വാക്കാണ് എന്ന് വെച്ചാൽ സമാധാനമുള്ളപ്പോ മനസ്സില്ല അവിടെ മനസ്സുള്ളപ്പോ സമാധാനമില്ല മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ തോട്ട്സാണ് ചിത്തവൃത്തികളാണ് വൃത്തയാ വൃത്തികളിലും സാമാന്യ വൃത്തി ഇപ്പൊ പച്ചക്കറി വിൽക്കാൻ വരുന്നു പച്ചക്കറിക്ക് എന്ത് വില ഇതൊന്നും കാര്യമില്ല വ്യവഹാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തോട്ട്സ് കുഴപ്പമില്ല വെറുപ്പ് ദ്വേഷം മുഖ്യമായിട്ടും ദ്വേഷം അതേപോലെ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റും ഒരു വിധത്തിൽ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും ഇത് രണ്ട് നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ കാണാം നമ്മൾ വല്ലാതെ വിഷമിക്കണത് അറ്റാച്ച്മെന്റ് എങ്ങനെയാ വിഷമിക്കാന്ന് വെച്ചാൽ നമ്മൾ ആരോട് ആസക്തമായിരിക്കണോ അവർക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ള പേടി കുഴപ്പം വന്നാലുള്ള ഡിപ്രഷൻ അവര് നമ്മൾക്കെതിരെ തിരിയോ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോവുകയോ ചെയ്താൽ ഉള്ള വിഷമം അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരാളാണ് മരിച്ചതെങ്കിൽ നമ്മൾ അത്രയൊന്നും വിഷമിക്കില്ല അല്ലെ നമുക്ക് അറ്റാച്ച്മെന്റ് ഉള്ള ഒരാൾ മരിച്ചാൽ എത്ര വിഷമം ഒക്കെ നോക്കുക അപ്പൊ അറ്റാച്ച്മെന്റ് നമ്മളുടെ ഉള്ളിലുള്ള ആസക്തി വേദനിപ്പിക്കും ഇതും ഒരു ചിത്തവൃത്തിയാണ് ക്ലേശരൂപത്തിലുള്ള വൃത്തിയാണ് തോട്ട്സ് ആ വൃത്തികളാണ് ക്രോധമായിട്ടും ഹിംസാഭാവമായിട്ടും ഒക്കെ ഉള്ളില് പൊന്തണത്ത് ആ വൃത്തികള് വളരെ ജാഗ്രതയോടെ ഇപ്പൊ ചിലരൊക്കെ കാണാൻ നല്ല വെളുത്ത മുണ്ടു കൊടുത്താൽ രാത്രി ആവുമ്പോഴും അതിൽ അലക്ക് കലയാതെ അതേപോലെ ഉണ്ടാവും ചിലരുടെ സാമർഥ്യാണ് ഞാൻ വിചാരിച്ച് ഇതുവരെ നടന്നിട്ടില്ലേ അത് ചിലർക്ക് അതിനൊരു മെടുക്കുണ്ട് അത് അത് എന്നോട് ആളുകൾ പറയും എന്ത ഈ മുണ്ട് വൃത്തിയാക്കണം വൃത്തിയായി സൂക്ഷിച്ചുടുകയും ചോദിച്ചാൽ അതൊരു പ്രാരബ്ധാണ് ചിലർക്ക് നമ്മളുടെ വാദമാണത് എന്നുവെച്ചാൽ നമുക്ക് വയ്യ മുണ്ട് വൃത്തിയായി സൂക്ഷിക്കാം അതേപോലെ യോഗിയും ചിത്തത്തിനെ വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കും എന്നാണ് വെച്ചാൽ ചിത്തത്തില് പുറമേ നിന്നൊന്നും കയറി കൂടാതെ നമ്മൾക്ക് രാഗമുള്ള വസ്തു ഉള്ളിൽ കയറും ദ്വേഷമുള്ള വസ്തു ഉള്ളിൽ കയറും ഇത് രണ്ടും ഉള്ളിൽ കയറി കൂടാതെ നിർമ്മലമായി കണ്ണാടി പോലെ എന്നാണ് യോഗവാസിഷ്ടം യോഗിയുടെ ചിത്രത്തിന് പറയണത് എന്നുവെച്ചാൽ കണ്ണാടിയുടെ മുമ്പിൽ ഒരാള് നിന്നാൽ വൃത്തിയായിട്ട് പ്രതിഫലിക്കും അയാള് കണ്ണാടിയുടെ മുമ്പിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണാടിയിൽ ഒരു ചെറിയ വര പോലും ഉണ്ടാവില്ല ഉണ്ടാവു ആരാ നിന്റെ മുമ്പിൽ നിന്നതെന്ന് ചോദിച്ചാൽ കണ്ണാടിക്ക് അറിയുവോ അറിയില്ല അതുപോലെയാണ് യോഗിയുടെ ചിത്രം മുമ്പിൽ നിൽക്കുന്നതിനെ അതേപടി കാണിക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ചുമ്മാ ഇരിക്കണതാണ് ഇതിന്റെ മുഴുവൻ സീക്രട്ട് നിശ്ചലമായിട്ടിരിക്കുമ്പോൾ സർവസിദ്ധികളും അവിടെ ഉണ്ടാവും നിശ്ചലമാവുമ്പോൾ എല്ലാം നടക്കും ആ നിശ്ചലതം അസൂയ ക്രോധം മുതലായിട്ടുള്ള വൃത്തികളെ കൊണ്ടൊക്കെ ബാധിക്കപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ മറ്റുള്ളവരെയും വെറുക്കുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് ബാധിക്കപ്പെടുന്നത് ദ്വേഷിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് ബാധിക്കപ്പെടുന്നത് അശാന്തമാവുമ്പോൾ ഞാൻ തന്നെയാണ് ബാധിക്കപ്പെടുന്നത് അതുകൊണ്ട് എന്റെ തന്നെ സംരക്ഷണത്തിനായിട്ട് എന്റെ തന്നെ ഹിതത്തിന് വേണ്ടിയിട്ട് ഈ വൃത്തികളെ അകത്തേക്ക് കടത്തരുത് ഒരു വിധത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്വാർത്ഥത ഒരു ഇന്റലിജന്റ് സെൽഫിഷ്നസ് സെൽഫ് കൺസേൺ എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടാ തന്നെ തന്നെ ശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ള ആഗ്രഹം ആ ആഗ്രഹം ഉപാസകന് വളരെ പ്രധാനമാണ് ആ ഉപാസനാമണ്ഡലത്തിൽ അങ്ങനെ ജാഗ്രതയായിട്ടിരിക്കുന്നു അഹിംസ സത്യം അക്രോധ നാലാമത്തത് ത്യാഗ ഈ ത്യാഗം ചെയ്യണമെങ്കിൽ നിശ്ചയമായിട്ടും ആത്മഹിത ചിന്ത ഇവനുണ്ടാവണം അല്ലാതെ ത്യാഗം ചെയ്യാൻ പറ്റുക ത്യാഗം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നണത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ത്യാഗം ചെയ്യുന്ന ആൾ സന്തോഷമായിരിക്കില്ല എനിക്ക് കയ്യിൽ സാധനം ഞാൻ സൂക്ഷിക്കുന്നതിന് പകരം ഇത് ആവശ്യമുള്ള വേറെ കൊടുക്കുമ്പോൾ നിശ്ചയമായും അതിൻ്റെ പുറകിലുള്ള തത്വം അറിയാത്തവന് സന്തോഷത്തോടുകൂടെ കൊടുക്കാൻ പറ്റില്ല അത് പ്രകൃതി നിയമാണ് മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ എല്ലാ മൃഗങ്ങളുടെ അംശമുണ്ട് ഒരു ത്തിരി ചോറിട്ട് കൊടുത്താൽ അടുത്തിരിക്കുന്ന നായ അടുത്തു വരുമ്പോ സമ്മതിക്കില്ല ആ ലക്ഷണമൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ട് മനുഷ്യന്ന് നായി വന്നോ നായിന്ന് മനുഷ്യൻ വന്നോ അറിയാൻ വയ്യ ആര് ഉണ്ടു ചട്ടമ്പി ഒരു തിരുവനന്തപുരത്തുള്ളപ്പോഴാണ് കരമന ഉള്ളപ്പോ അദ്ദേഹം താമസിക്കുമ്പോ ഒരു തഹസിൽദാരുടെ വീട്ടില് കുട്ടിക്ക് പിറന്നാള് സ്വാമികളെ ഊണ് കഴിക്കാൻ വിളിച്ചത്രയും അന്ന് ക്ഷണിച്ചു സ്വാമികൾ പറഞ്ഞു ആരൊക്കെ ഉണ്ട് ഊണ് കഴിക്കാൻ വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് വലിയ വലിയ പണക്കാര് പേഷ്കാർ അന്നത്തെ കാലത്ത് ആരാരൊക്കെ നികുതി പിരിക്കുന്നവര് ഇങ്ങനെ ഒരുപാട് വലിയ വലിയ സ്ഥാനമാനങ്ങളുള്ളവരൊക്കെ വരുന്നുണ്ട് സ്വാമി തൃപാദങ്ങൾ വരണം എന്നോ ഞാൻ വരാം എൻ്റെ കൂടെ ഒരു അമ്പത് പേരും കൂടെ ഉണ്ടാവും അമ്പതോ അഞ്ഞൂറോ എത്ര പേര് വേണമെങ്കിൽ സ്വാമി കൂട്ടിക്കൊണ്ടു വന്നോളൂ എന്നാകട്ടെ നാളെ ഞാൻ എത്തിക്കൊള്ളാന്ന് പറഞ്ഞു പോകുന്ന വഴിയിൽ തെരുവിൽ കാണുന്ന നായ്ക്കളെ ഒക്കെ കൈ വിളിച്ചാൽ ഒക്കെ അച്ചടക്കത്തോടെ കൂടെ പുറപ്പെട്ടു ഒരു അമ്പതെണ്ണം തെരുവിൽ കാണുന്ന ഒരു അമ്പത് നായ്ക്കള് സ്വാമികളുടെ കൂടെ പുറപ്പെട്ടു തഹസിൽദാരുടെ വീട്ടിലെത്തിയപ്പോ സ്വാമികളെ പറഞ്ഞു നിങ്ങളൊക്കെ ഉമ്മർത്തിരുന്നോളൂട്ടോ ഞാൻ വിളിക്കുമ്പോൾ വന്നാൽ മതി അച്ചടക്കത്തോടെ അമ്പതും പുറത്തുനിന്ന് ഇരുന്നു അകത്തേന്നു തഹസിൽദാർ കാല് കഴുകി സ്വാമികൾക്ക് പാദപൂജയൊക്കെ ചെയ്ത് ചോദിച്ചു സ്വാമി വരുമ്പോ ഒരു അമ്പത് പേരും വരും അവരൊക്കെ ഇണ്ട് വന്നിട്ട് ഇലയിടുമ്പോ കാലാവുമ്പോ അവരൊക്കെ വിളിച്ചാൽ വന്നോളൂന്ന് ഈ വലിയ വലിയ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സ്ഥാനമാനികളും സ്ഥാനികളും ഒക്കെ ഇരുന്നു സ്വാമികൾ പറഞ്ഞു അമ്പത് പേർക്ക് ഇലയിടൂ ഞാനും ഇരിക്കാമെന്ന് സ്വാമികൾ ഇരുന്ന് അമ്പത് പേർക്ക് ഇലയിട്ടതും സ്വാമികൾ കഴിഞ്ഞൊടുക്കിയതും ചിട്ടയായിട്ട് വരി ഈ അമ്പത് പേരും വന്ന് ഓരോ ഇലയ്ക്കും മുമ്പില് ഇരുന്നു അന്ധം വിട്ട് നോക്കിക്കൊണ്ടിരിക്കണം എല്ലാരും എല്ലാരും ഉണയിക്കാനിരുന്നു സ്വാമികൾ അവരൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല എന്നാണോ എല്ലാ ശ്രദ്ധിച്ചില്ല വിളമ്പി പായസമടക്കം എല്ലാം വിളമ്പി എന്നാ കഴിച്ചോള എന്ന് പറഞ്ഞു അപ്പോഴേ തൊട്ടുള്ളൂ നായ്ക്ക അമ്പത് പേരും ഭംഗിയായി ഊണ് കഴിച്ചിട്ട് അവസാന സ്വാമി പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ഇല എടുക്കാൻ ഇവിടെ ആളൊന്നും ഇല്ലാട്ടോ നിങ്ങൾ തന്നെ അവനവന്റെ ഇല എടുത്തുകൊണ്ട് കളഞ്ഞോളം എന്ന് പറഞ്ഞു ഓരോ നായും ഇല കടിച്ചു പിടിച്ച് എടുത്ത് ഉമ്മറത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് പോയി നിന്നു പോയില്ല ഓക്കെ ഇതൊക്കെ നടന്ന കഥകളാണെന്ന് പറയുമ്പോ എന്താശ്ചര്യം ഏർ എല്ലാം കഴിഞ്ഞ് സ്വാമികൾ കാല് കഴുകി കസേരയിൽ വന്ന് ഇരുന്നിട്ട് നിങ്ങളൊക്കെ പരിഷ്കാരികളല്ലേ അപ്പൊ ഈ ആധുനികമായി ചായസൽക്കാരം നടത്തി ഒരു പ്രസംഗം നടത്തുക എന്നൊരു പരിപാടി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനും ചിലതൊക്കെ പറഞ്ഞേക്കാം ഇപ്പൊ ഇന്നൊരു അമ്പത് പേര് വന്നില്ലേ ഇവരൊക്കെ ചിട്ടയായിട്ടിരുന്ന് ഊണ് കേൾക്കണ കണ്ടല്ലേ ഇവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അമ്പലങ്ങളിലും മറ്റുമൊക്കെ പല ജോലികളിലൊക്കെ ഇരുന്ന് ജനങ്ങളെയൊക്കെ ഉപദ്രവിച്ച ഒരുപാട് പണം അതിന്റെ പാപം കാരണമാണ് അവര് ഈ ജന്മത്തില് ഈ ശരീരം എടുക്കേണ്ടി വന്നത് അതുകൊണ്ട് നിങ്ങൾക്കും അവർക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല അവര് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അത്രേ ഉള്ളൂ പക്ഷെ ആളൊന്നും വലിയ വ്യത്യാസല്ല അതുകൊണ്ട് അവരൊന്നും ഊണ് വെച്ചിട്ട് പോയിയല്ലോ എന്ന് വിചാരിക്കേണ്ട തഹസിൽദാരുടെ ഗൗരവത്തിന് കുറവൊന്നും വന്നിട്ടില്ല നല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാര് തന്നെ എന്റെ കൂടെ വന്നത് അന്ന് കൂടെ പോയത് എന്ന് പറഞ്ഞ് പോകുമ്പോ സ്വാമികളെ ഇറങ്ങുമ്പോ ഈ തഹസിൽദാർ സഷ്ടാംഗം വീണ് നമസ്കരിച്ച് സ്വാമികളെ വഴിയാക്കി പോകുമ്പോ ഈ അമ്പത് പേരെയും കൂട്ടിക്കൊണ്ടും പോയി എന്നാണ് ഉത്ക്രാമന്തം സ്ഥിതം വാപ്പി ഗീതയിൽ തന്നെ ഭഗവാൻ പറയണു ഓരോ രൂപത്തില് ഇരിക്കണതും ഒക്കെ ഓരോ പ്രാരബം കൊണ്ട് നീതി കൊണ്ട് ഓരോ ശരീരം എടുത്തിരിക്കും അപ്പൊ നമ്മളുടെ സ്വാർത്ഥതയൊക്കെ എവിടുന്നു വന്നു ചോദിച്ചാ പറയാൻ വയ്യ ചിലപ്പോ മൃഗങ്ങളിൽ നിന്നൊക്കെ വന്നതായിരിക്കാം അതിൻ്റെയൊക്കെ അംശം നമ്മളുടെ ഉള്ളിൽ ഉണ്ട് അപ്പൊ ത്യാഗം എന്നുള്ളത് വളരെ വിഷമാണ് വായകൊണ്ട് നമുക്ക് പറയുമ്പോ പറയാം സന്യാസികൾ വരുമ്പോഴൊക്കെ വരവേൽക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രം പൂർണ്ണകുംഭം കൊടുക്കുമ്പോ ന കർമ്മണാന പ്രജയാഥനേന ത്യാഗേ നൈക്കേ അമൃതത്വമാനശുഹു കർമ്മം കൊണ്ടോ പ്രജ കൊണ്ടോ പണം കൊണ്ടോ അല്ല ത്യാഗം കൊണ്ടാണ് അമൃതത്വം കിട്ടണത് എന്ന് പറഞ്ഞു അഹങ്കാര യജനം കൊണ്ടാണ് അമൃതത്വം കിട്ടണത് എന്ന് പറഞ്ഞു പക്ഷേ ഈ ത്യാഗം സ്വഭാവസിദ്ധമല്ല പ്രയത്നം തപസ്സുകൊണ്ട് നേടിയെടുക്കേണ്ടതാണ് ത്യാഗം കൊണ്ട് എന്ന് വെച്ചാൽ ത്യാഗം ചെയ്യൂ എല്ലാം കുട്ടികൾക്കൊക്കെ അസംബ്ലിയില് സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ ഉപദേശിക്കുന്ന പോലെ ഇവിടെ ഇരുന്ന് പറയാമെന്നല്ലാതെ കാര്യത്ത് വരുമ്പോൾ നമുക്ക് കാണാം നമ്മളുടെ സിസ്റ്റം മുഴുവനും അതിനെ എതിർക്കും എപ്പോഴും പറയണ ഒരു ഉദാഹരണം ഇതിനു മുമ്പ് ഞാനത് പറഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ പോകണം ഇവിടെ നിന്ന് ഇപ്പൊ പാലക്കാട്ടിലേക്ക് ബസ്സിൽ കയറുകയാണെന്ന് വെച്ചോളാം കെ എസ് ആർ നിന്ന് കയറി ഇരിക്കണം തിരക്ക് പിടിച്ച് ഉള്ളിൽ കയറിയിരുന്നു സീറ്റ് കിട്ടി ഇപ്പൊ സമാധാനമായി രാത്രിയാണ് സീറ്റ് കിട്ടി സമാധാനായി സീറ്റിൽ ഇരുന്നതും നടക്കാൻ വയ്യാതെ ഒരു കാലില്ലാതെ ഒരാൾ അടുത്ത് നിൽക്കണമുണ്ട് നോക്കുമ്പോ ദീനമായിട്ട് അയാളെ നമ്മളൊന്ന് നോക്കി ദൈന്യഭാവത്തോടെ ഉള്ളില്ലേ നമ്മളെ അറിയാതെ ഒരു കാരുണ്യം ഒരു സ്നേഹം വന്നു വയസ്സായി നമ്മളുടെ അച്ഛന്റെ വയസ്സായി എഴുന്നേറ്റ് കൊടുത്താലോ ഒരു വശം വേറെ ഒരു വശം നമ്മളുടെ ബുദ്ധി പറയും വേണ്ട വേണ്ട നീ എഴുന്നേക്കും സീറ്റ് പോവും നോക്കൂ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നാലേ ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല അങ്ങട് നോക്കിക്കോളൂ അല്ലെങ്കിൽ ഉറങ്ങൂ രാത്രിയാണ് നോക്കണ്ട കണ്ടു നിക്കണ്ട അങ്ങട് തിരിഞ്ഞോളൂ അപ്പൊ വേറെ ഒരു വശത്ത് ബുദ്ധി പറയും അല്ല നമ്മൾ ഇത്തിരി വിഷമിച്ചാൽ എന്താ എഴുന്നേറ്റ് കൊടുക്കാം എഴുന്നേക്കാൻ പുറപ്പെടുമ്പോൾ നീ എഴുന്നേറ്റ് കൊടുക്കും അയാൾ കൊല്ലത്തിൽ ഇറങ്ങി പോകും നിനക്ക് പാലക്കാട് വരെ പോണ്ടതാണ് വേറെ ഒരാൾ സീറ്റിൽ വന്നിരിക്കുക അപ്പോഴും സീറ്റ് പോകും നമ്മളുടെ ബുദ്ധി നല്ല വക്കീലാണ് സ്വാർത്ഥയുടെ സ്വാർത്ഥതയുടെ പക്ഷം പിടിക്കുന്ന വക്കീലാണ് അതുകൊണ്ട് ആ ബുദ്ധി എപ്പോഴും അങ്ങടെ കൂട്ട് നിൽക്കുകയുള്ളൂ സത്സംഗം കൊണ്ട് ബുദ്ധി ശുദ്ധമല്ലെങ്കിൽ ബുദ്ധി എപ്പോഴും സ്വാർത്ഥതയുടെ കൂട്ട് നമ്മളോട് പറയും എഴുന്നേക്കണ്ട എന്ന് പറയും നമ്മളിപ്പോ ബുദ്ധി പറയണത് കേട്ടിട്ട് എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഈശ്വര കൃപ നമുക്കില്ലെങ്കിൽ സത്സംഗത്തിന്റെ ബലം നമുക്കില്ലെങ്കിൽ എഴുന്നേൽക്കില്ല നമ്മൾ അവസാനം എറണാകുളം വരെ എത്തി നോക്കുമ്പോൾ അപ്പോഴും ആ വൃദ്ധനെ ഇരിക്കുന്നു അത് നമ്മൾ വീട്ടിലെത്തി കിടന്നുറങ്ങുമ്പോ ഉറക്കം വരില്ല കിടന്നുറങ്ങുമ്പോ ഉറക്കം വരില്ല എന്താന്ന് വെച്ചാൽ ഇയാൾ നിൽക്കുന്നത് കണ്ടു നമുക്ക് എഴുന്നേറ്റ് കൊടുക്കാൻ പറ്റില്ല നമ്മൾ എവിടെയോ ഫെയിലായി ശാരീരികമായും നിശ്ചയമായും നമുക്കൊരു സ്വസ്ഥത കംഫേർട്ട് കിട്ടി ഇവിടെ നമ്മൾ ചെറിയൊരു വ്യത്യാസം കാണും ഒരു വശത്ത് കംഫേർട്ട് ഒരു ഇംപേഴ്സണൽ ജോയ് ഒരു വ്യക്തിമണ്ഡലത്തിൽ നിന്നല്ലാത്തതായ ആനന്ദം നമുക്ക് കിട്ടാനുള്ളത് എവിടെയോ നഷ്ടപ്പെട്ടു പോയ രത്നം കൊടുത്ത് കുപ്പിച്ചിൽ വാങ്ങിച്ച പോലെ എന്നാൽ ശരീരത്തിനൊരു സ്വസ്ഥത കിട്ടി ഇത്രയും നേരം ഇരുന്നു പക്ഷേ എന്തോ നഷ്ടപ്പെടുത്തി കളഞ്ഞുപോലെ ഉറക്കം വരില്ല ശരിക്കും ഇതൊക്കെ തന്നെ ഇത്തിരി മനസാക്ഷിയുള്ളവരുടെ കാര്യത്തിലാ പറയണ നേരെ മറിച്ച് വിഷമിച്ചാലും വേണ്ടില്ലാന്ന് പറഞ്ഞ് മെനക്കെട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് കൊടുത്താൽ നമ്മൾ ഇത്തിരി ശാരീരികമായി വിഷമിച്ചാലും അയാൾ ഇരുന്നോട്ടേന്ന് പറഞ്ഞ് കൊടുത്തു ഈശ്വരന്റെ നിയമത്തിൽ ഒരുപാട് വശങ്ങളുണ്ട് ആ വശങ്ങളൊക്കെ നമ്മൾ നടന്നു തുടങ്ങിയാലേ അറിയുള്ളൂ ചിലപ്പോൾ കാണാം നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല സ്ഥിരത്തിൽ പങ്കെടു കിടക്കും കിട്ടും പക്ഷെ അത് കിട്ടുന്ന എഴുന്നേൽക്കാൻ പറ്റില്ല നിങ്ങൾ രണ്ടും കൽപ്പിച്ച് എഴുന്നേറ്റ് ഈ കൊടുത്താൽ അയാളെ വായുകൊണ്ട് പറയാ പോലും വേണ്ട അയാളൊന്ന് നോക്കിയാൽ മതി നിങ്ങളെ സന്തോഷത്തോടുകൂടെ രാത്രി ഉറങ്ങുമ്പോൾ ആ ഉറക്കം സമാധിയാണ് ധ്യാനമാണ് ഹൃദയമണ്ഡലത്തിൽ ചെന്ന് മനസ്സ് സ്പർശിച്ചിട്ട് വരും ഇതാണ് ത്യാഗത്തിൻ്റെ ഫലം ത്യാഗം ചെയ്യുമ്പോൾ ഓരോ ത്യാഗവും തപസ്സാണ് ചെറിയ ചെറിയ ത്യാഗങ്ങൾ തപസ്സാണ് അവസാനം പറയുന്ന ഒരു മഹാത്യാഗമാണ് അഭിമാനത്യാഗം എന്ന് പറഞ്ഞത് ജീവൻ മുക്തി എന്ന് പറഞ്ഞത് ജ്ഞാനം എന്ന് പറഞ്ഞത് അതവിടെ ഇരിക്കട്ടെ ത്യാഗം ജ്ഞാനികളിൽ വളരെ സ്പോൺറ്റേനിയസ് ആണ് അവർക്ക് ശരീരത്തിനെ തന്നെ അവരെ ത്യജിക്കും ഭഗവാൻ രമണ ഭഗവാൻ അവസാന കാലം ഒരു വശത്ത് ക്യാൻസർ ശരീരം മുഴുവൻ ബലം താങ്ങിക്കൊണ്ട് നിൽക്കുന്നത് ആ വാക്കിംഗ് സ്റ്റിക്ക് ദണ്ടിൽ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോഴാണ് ഒരു ഒരു അണ്ണാനെ ഓടിച്ചിട്ട് പിടിക്കാനായിട്ട് ഓടിക്കണത് ഒരു ക്ഷണ നേരം മതി ഈ നായ തന്റെ ഫുൾ സപ്പോർട്ടും ആ വടിയിലാണ് ആ വടി അണ്ണാനും നായ്ക്കിടയിലിട്ടു താനങ്ങട്ട് വീണ് മറ്റേ കൈ ഫ്രാക്ചറുമായി സ്പോൺറ്റേനിയസ് ആണ് ആ ക്ഷണത്തിലാണ് ആ അണ്ണാനോട് താനങ്ങട് താതാത്മ്യം പ്രാപിക്കുകയാണ് അവിടെ ത്യാഗം പരിശ്രമം കൊണ്ട് ചെയ്യേണ്ടതല്ല ത്യാഗം ചെയ്തു എന്നുള്ള ഭാവമില്ല ആത്മഭാവം കൊണ്ട് സ്വയമേവ സ്വാഭാവികമായി ത്യാഗം നടക്കണം ഈശ്വരൻ തന്നെ ത്യാഗം ചെയ്തിട്ടാണ് പ്രപഞ്ചം ഉണ്ടായത് എന്നാണ് പുരുഷസൂക്തം ഭഗവാൻ തന്നെ തന്നെ തന്നെ ത്യാഗം ചെയ്തു കൃഷ്ണാവതാരം മുഴുവൻ ത്യാഗാണ് പക്ഷെ കൃഷ്ണൻ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയേല യേശുക്രിസ്തു ത്യാഗം ചെയ്തത് വേണമെങ്കിൽ മനസ്സിലാവും അദ്ദേഹം വളരെ ദൈന്യഭാവത്തോടെ കിടക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും കൃഷ്ണൻ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൃഷ്ണന്റെ ത്യാഗം മനസ്സിലാവില്ല കൃഷ്ണാവതാരം മുഴുവൻ ത്യാഗാണ് നമുക്ക് വേറെ വിഷയം രാമാവതാരം മുഴുവന്യാഗാണ തുദുസ്ത്യജസുരേപ്സിതരാജ്യലക്ഷ്മിം ധർമ്മിഷ്ട ആര്യവജസായ അരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവഷ തേ ചരണാരവിന്ദം വന്ദേ മഹാപുരുഷ തേ ചരണാരവിന്ദം തക്വാസുദുസ്ഥിത സുരേക്ഷിത രാജ്യലക്ഷ്മിയും ആ രാജ്യം മുഴുവൻ ഉപേക്ഷിച്ച് ത്യാഗം ചെയ്ത് കാട്ടിലെ വനത്തില് ചരിച്ച് ത്യാഗത്തിന്റെ കഥയാണ് രാമായണം അപ്പൊ ത്യാഗം സ്വാർത്ഥതയുടെ യജനത്തിനെയാണ് ത്യാഗം എന്ന് പറഞ്ഞത് മഹാപുരുഷന്മാരുടെ ജീവിതം മുഴുവൻ ത്യാഗത്തിന്റെ കഥയാണ് ഭോഗം അഭിമാനത്തിനെ ബലപ്പെടുത്തുമ്പോൾ ത്യാഗം അഭിമാനത്തിന് യജിക്കുകയാണ് ജ്ഞാനമാവുന്ന അഗ്നിയിൽ യജിക്കുകയാണ് ജ്ഞാനം ഇല്ലാതെ ത്യാഗം ചെയ്യാൻ പറ്റില്ല ആത്മജ്ഞാനം ഉണ്ടെങ്കിലേ ത്യാഗിക്ക് സന്തോഷമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ത്യാഗം ചെയ്യുന്ന ആൾക്കും ഒരു സ്വാർത്ഥത ഉണ്ടാവും ആത്മജ്ഞാനം ഇല്ലാത്തവന് ത്യാഗം ചെയ്യുമ്പോൾ ഞാൻ എല്ലാം വിട്ടു എന്നിട്ടും എനിക്ക് വേണ്ട ബഹുമാ ബഹുമതി ഒന്നും കിട്ടിയില്ല എന്നെ ആളുകൾ ഇനിയും അംഗീകരിക്കണില്ല എന്നെ പോലെ ത്യാഗിയുണ്ടോ എന്ന് തോന്നിയാൽ അയാൾ ഭോഗിയായി അപ്പോ ത്യാഗം നിസർഗമാണ് സഹജമാണ് ജ്ഞാനം കൊണ്ടാണ് ത്യാഗം ഉണ്ടാവുന്നത് ത്യാഗം തപസ്സാണ് അപ്പോ ഈ ത്യാഗത്തിനെ ഭഗവാൻ ദൈവീ സമ്പത്തിൽ വളരെ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞു ത്യാഗ ശാന്തി അപൈശ്വനം ത്യാഗ ആചാര്യസ്വാമികൾ ത്യാഗത്തിന് സന്യാസ എന്നാണ് അർത്ഥം പറയുന്നത് ഭാഷ്യത്തിന് സർവസംഗ സന്യാസമാണ് ത്യാഗം സന്യാസി ത്യാഗിയാണ് സമൂഹത്തിന്റെ യാതൊന്നും വേണ്ടെന്ന് ഉപേക്ഷിച്ച് കേവല ഭക്ഷണത്തിന് മാത്രമേ അയാൾ സമൂഹത്തിനോട് കൈനീട്ടുന്നുള്ളൂ ഭക്ഷണത്തിന് മാത്രം ബാക്കിയൊക്കെ തന്റെ ജ്ഞാനമും തന്റെ തപസ്സും തന്റെ എല്ലാം എല്ലാം സമൂഹത്തിന് വേണ്ടിയും ലോകത്തിനു വേണ്ടിയാണ് തനിക്കൊന്നും വേണ്ട ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് സന്യാസി കൈനീട്ടണത് ഭിക്ഷാ മാത്രയാച്ചാണ് വാസ്തവത്തിലുള്ള സന്യാസാണ് അവിടെ പറയണത് ആചാര്യസ്വാമികൾ സന്യാസം എന്ന് പറയുമ്പോ ഭാഷയത്തിൽ അതിന് വിസ്തരിച്ച് ചർച്ചയുണ്ട് ആരാ സന്യാസി ജ്ഞാനിയാണ് സന്യാസി ആത്മജ്ഞാനമുള്ളവനാണ് സന്യാസി ആത്മജ്ഞാനത്തിന്റെ ലക്ഷണമാണ് പുത്രേഷണ വിത്തേഷണ ലോകേഷണ ധാരേഷണ എല്ലാം വിട്ടു അഖണ്ഡമായി സമാധിഷ്ഠിതനാണ് സന്യാസി ജ്ഞാനസമാധിസ്ഥിതനാണ് സന്യാസി അപ്പോ ചോദ്യമൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അയാളെ ഒക്കെ ഉപേക്ഷിച്ച് വസ്ത്രമൊക്കെ മാറ്റി പേരൊക്കെ മാറ്റി പോണോ വീട്ടിലിരുന്നു കൊണ്ട് ആചാര്യസ്വാമികൾ ഉത്തരം പറയണത് വീട് എന്റെയാണ് പണം എന്റെയാണ് കുടുംബം എന്റെയാണ് ഇതൊക്കെ എന്റെ ആണെന്നുള്ള ഒരു വിചാരം അയാൾക്ക് ഉണ്ടാവുമല്ലോ തന്നെ അയാൾ ഭോഗിയായി അയാളെ സതി യതി എന്ന് പറയാൻ അല്ല ഒരാള് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടും അന്നം മാത്രകാംക്ഷായി ആഹാരത്തിന് മാത്രമേ സമൂഹത്തിനെയോ കുടുംബത്തിനെയോ ആശ ബാക്കിയൊക്കെ അയാൾ സ്വാത്മനിഷ്ഠനാണെങ്കിലോ അയാൾക്ക് പ്രാക്ടിക്കലി ഭിക്ഷുത്വം വന്നുപോയി എന്നാണ് എങ്ങനെയും ശരീരത്തിന് വളരെ വളരെ വേണ്ടതായ ആവശ്യങ്ങളിൽ കവിഞ്ഞ് യാതൊന്നും പുറമേ നിന്നും കാക്ഷിക്കാത്തവൻ ത്യാഗ പരമേശ്വരന് ത്യാഗരാജൻ എന്ന് പേര് ശിവന് ത്യാഗരാജൻ എന്ന് പേര് വരാൻ കാരണം ദേവന്മാരൊക്കെ ചെന്ന് അമൃതമഥനം ചെയ്യാനായി പാലാഴിയിലെ മന്ധരപർവ്വതത്തിനെ കൊണ്ടു ചെന്ന് നാട്ടി വാസുകിയെ അസുരന്മാരുവശം ദേവന്മാരുവശം കടഞ്ഞു തുടങ്ങി ആംയാബുദിമാദരെണ സുമനസ്സംഘാ സമുദ്യന് മനോമന്ഥാന ദൃഢഭക്തിരജ്ജുസഹിത് സോമം കൽപ്പതരുമ്പസുരഭിം ചിന്മണിം ധീമതം നിത്യാനന്ദസുധാ നിരന്തരരമാസൗഭാഗ്യമാതന്വത്തെ പരമോപകാരകും എകും പശൂന പത്തെ പശ്യൻ കൂക്ഷിഗതാ ചരാചരഗണാൻ ബാഹ്യസ്ഥിത സർവാമർ പലൌഷധമതിജ്വാകരം ഭീകരം നിക്ഷിപ്തം ഗരളം ഗളേന ഗളിത നോത്ഗീർണമേ ശിവൻ ദേവന്മാര് അമൃതമഥനം ചെയ്യുന്ന സന്ദർഭത്തിലൊന്നും ശിവൻ അവിടെയില്ല കടല് കടഞ്ഞു തുടങ്ങിയപ്പോ ആദ്യം പുറപ്പെട്ടത് ഘോരമായ ഹാലാഹല വിഷമാണ് വിഷം വന്നപ്പോ ദേവതകളും അസുരന്മാരും ഒക്കെ ശരണം സദാശിവം പരമേശ്വരനടുത്ത് പോയി ശരണാഗതി ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ വിഷം അപ്പൊ ഭഗവാൻ ദേവിയെ നോക്കിയിന്നാണ് കുടുംബത്തില് ഗൃഹസ്ഥ ആശ്രമത്തില് ഒരു ഭർത്താവും ഭാര്യയും രണ്ടുപേരും ത്യാഗികളായിരിക്കും ഈ ഭാര്യ ത്യാഗത്തിന് സപ്പോർട്ട് ചെയ്യണം എന്നാലേ കുടുംബസ്ഥന് ത്യാഗം സാധിക്കുകയുള്ളൂ അല്ലെങ്കിലോ ഭാര്യയെ സംബന്ധിച്ചിട്ടില്ലെങ്കിലോ ഭർത്താവോ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ് ഭാര്യ പറഞ്ഞു അതൊന്നും സാധിക്കില്ല വാൽമീകി രാമായണത്തിൽ രാമൻ കാട്ടിലേക്ക് പുറപ്പെടുമ്പോ സീതെ ഒരാൾ എതിർത്താ എല്ലാം നിക്കും രാമൻ കാട്ടിലേക്ക് പുറപ്പെടുമ്പോ സീതയും കൂടെ പുറപ്പെടുകയാണ് വാസ്തവത്തിൽ രാമായണത്തിൽ കാട്ടിലേക്ക് പോകുമ്പോ എല്ലാരും കരയാണ് രാമൻ പോലും പ്രസന്നനല്ല എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവരുടെ ദുഃഖം കണ്ട് രാമനും പ്രസന്നനല്ല ഒരു വിഷമവും കൂടാതെ പ്രസന്നമായിട്ട് കാട്ടിലേക്ക് പോയ ആള് വരെ സീത മാത്രമാണ് ഒരു പിക്നിക്കിന് പുറപ്പെടുന്ന സന്തോഷത്തോടുകൂടിയാണ് സീതാദേവി കാട്ടിലേക്ക് പുറപ്പെടുന്നത് ഒരു വിഷമല്ല വളരെ സന്തോഷായിട്ട് കാട്ടിൽ ചെന്നിട്ട് രാമനോട് പറയണു എന്തിനാ ഈ അമ്പും വില്ലുമൊക്കെ ഇതൊക്കെ ഉപേക്ഷിച്ചളിയും നമ്മൾ നോക്കൂ ഈ മഹർഷികളൊക്കെ എത്ര ശാന്തമായിട്ടിരിക്കണു നമ്മളും കാട്ടില് ഈ ഋഷികളെ പോലെ തന്നെ തപോനിഷ്ഠരായിട്ടിരിക്കാമല്ലോ എന്ന് പറയണം സീതാദേവി അരണ്യ കണ്ടെത്തൽ ശ്രീരാമചന്ദ്രൻ സീതയോട് പറയണു നീ പറയണത് ആരെങ്കിലും ഒക്കെ നടന്നു പോകണവർ കേട്ടാൽ അടുത്തു വന്ന് നീ ജനകന്റെ മകളെല്ലേയും ചോദിക്കും വേറെ ആർക്കും ഇങ്ങനെ പറയാൻ സാധിക്കില്ല കുലം വ്യപതിശന് ത്യാച്ച ധർമ്മജ്ഞേ ജനകാത്മജെ നീ ജനകാത്മജയാണെന്ന് ആർക്കും മനസ്സിലാവും അല്ലെങ്കിൽ വേറെ ഏത് സ്ത്രീക്കാണ് രാജ്യം ഉപേക്ഷിച്ചു പോകുന്ന ഭർത്താവിനെ അനുമോദിച്ചുകൊണ്ട് കൂടെ പോവാനും തപ്പോവൃത്തിയെ അനുകൂലിക്കാനുമൊക്കെ സാധിക്കാം അതേപോലെ ഇവിടെ ദേവി പാർവതിയും അനുകൂലിക്കുകയാണ് പരമേശ്വരൻ ആ വിഷമെടുക്കാൻ തയ്യാറാവുമ്പോ അനുകൂലിക്കാണ് ദേവന്മാരൊക്കെ ഭയപ്പെട്ട് ഓടുമ്പോ ഷ്വേള കഥം വൃഷ്ട്ര ശങ്കരാചാര്യെ തന്നെ പറഞ്ഞു ആ വിഷം കാണാൻ എങ്ങനെ സാധിച്ചു അതിനെ കയ്യിലെടുത്തു പിടിച്ചു കിം പക്വ ജമ്പൂഫലം എന്താ ജമ്പൂഫലാണോ എന്നാണത് ജിഹ്വായാം നിഹിത സിദ്ധ ഗുടിക കിം തേനീലമണിർ വിഭൂഷണമയം ശംഭോ മഹാത്മൻവ ആചാര്യസ്വാമികൾ അവിടെ മഹാത്മൻ എന്ന് വിളിക്കുകയാണ് ആരാ മഹാത്മാവ് എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഹിതത്തിന് വേണ്ടി താൻ വിഷമെടുക്കാൻ തയ്യാറാവണവനാണ് മഹാത്മ മറ്റുള്ളവർക്ക് മംഗള ഉണ്ടാവും ഹിതം ഉണ്ടാവും എന്ന് പറഞ്ഞ് താൻ വിഷം കുടിക്കാൻ തയ്യാറാവാണ് അതുകൊണ്ടാണ് സുന്ദരമൂർത്തി സ്വാമികൾ പാടി ദേവരുകൾ അമുതുണ്ണ ആലമുണ്ട കണ്ഠനെ ദേവന്മാരൊക്കെ അമൃത് കിട്ടിയപ്പോ വരി വരിയായിട്ട് വന്നു നിന്നു ദേവന്മാരും അസുരന്മാരും ചണ്ടകൂടി പിന്നീട് എന്തൊക്കെയോ വന്നു കുതിരയും ആനയും സ്വർണവും രത്നവും ഒക്കെ വന്നപ്പോ വാങ്ങിക്കാൻ ആളുണ്ടായിരുന്നു വിഷം വന്നപ്പോ ഒരാളില്ല നേരെ മറിച്ച് ശിവൻ ഈ വിഷം വരുമ്പോ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതൊന്നും വരുമ്പില്ല ദേവറുകൾ അമുതുണ്ണ ആലമുണ്ട കണ്ഠന ദേവന്മാര് അമൃതം കഴിക്കുമ്പോ വിഷം വാങ്ങി കഴിച്ചതുകൊണ്ട് ത്യാഗരാജൻ എന്ന് പരമേശ്വരന് പേര് ഭഗവാന് ത്യാഗരാജൻ എന്ന് പേര് വരണത് ഈ നീലകണ്ഠനായിട്ട് തീരുമ്പോഴാണ് വിഷം കഴിച്ചപ്പോ എന്ന് ദുഃഖത്തിനെ സഹിക്കാൻ തയ്യാറാവുക എത്ര കണ്ട് ജീവിതത്തിൽ ദുഃഖം വരണോ വിഷമം വരണോ അതിനൊക്കെ ത്യാഗമെന്ന ഭാവത്തോടുകൂടെ അടങ്ങിയടങ്ങി സഹിക്കലുണ്ടല്ലോ അതൊരു വലിയ തപസ്സാണ് നമ്മൾ എത്ര ജപിച്ചാലും ധ്യാനിച്ചാലും എന്തൊക്കെ യോഗ പ്രാക്ടീസ് ചെയ്താലും കിട്ടാത്തതായ അധ്യാത്മകം ആധ്യാത്മികമായ ഉന്നതി ജീവിതത്തിൽ എതിർച്ചയാ വരുന്ന ദുഃഖത്തിനെ ഒരു കംപ്ലയിന്റും പറയാതെ കൊണ്ട് സഹിക്കുന്നത് നടക്കും നിങ്ങൾ എന്തൊക്കെ ഹടയോഗം ചെയ്തോളൂ പ്രാണായാമം ചെയ്തോളൂ ഉള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങി പഠിച്ചോളൂ യോഗ സാധനങ്ങളൊക്കെ ചെയ്തോളൂ അതുകൊണ്ടൊന്നും സാധിക്കാത്തതായ അധ്യാത്മ അനുഭൂതി ഭഗവത്പ്രാപ്തി ശാന്തി സമാധി അനുഭവം ജീവിതത്തിൽ എതിർച്ചയാ വന്നു ചേരുന്ന ദുഃഖത്തിന് ഒരു കംപ്ലൈന്റും കൂടാതെ ആരോടും പറയാതെ അകത്തും വിലപിക്കാതെ വിഷമിക്കാതെ ശാന്തമായിട്ട് സഹിക്കുന്നത് കൊണ്ട് ഉണ്ടാവും ആ സഹനം തന്നെ ത്യാഗമാണ് തിദിക്ഷ എന്ന് പറയുന്നത് ത്യാഗാണ് വേദാന്തികൾ പറയുന്നത് തിദിക്ഷ സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാത്തിഷാനിക സർവ ദുഃഖങ്ങളെയും ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് പറഞ്ഞു വിലപിക്കുകയോ സ്വയം അതിനെ ചിന്തിക്കുകയോ ചെയ്യാതെ സഹിക്കാന്നു അവർക്ക് ആഴമുണ്ടാവും അവരുടെ ഉള്ളില് ആഴത്തിൽ ഒരു സുഖം ഒരു ആനന്ദം ഉണ്ടാവും ഒരു ശാന്തി ോകത്തിലെ ഏറ്റവും അധികം സുഖമനുഭവിക്കുന്നവർ ഏറ്റവും പ്രസിദ്ധി അനുഭവിക്കുന്നവർ ഏറ്റവും ആരാധിക്കപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ സൂസൈഡ് ചെയ്യുന്നവർ വളരെ ആശ്ചര്യമാണ് എന്തുകൊണ്ടെന്നൊന്നും മനസ്സിലാവണില്ല വലിയ വലിയ സിനിമ നടിക്കുന്നവരും സിനിമ ആക്ടേഴ്സ് ആക്ട്രസസ് പൊളിറ്റീഷ്യൻസ് വലിയ വലിയ ലീഡേഴ്സ് ഇവരൊക്കെയാണ് അവസാനം നോക്കുമ്പോൾ കെട്ടിത്തൂങ്ങിയിട്ടും വിഷം വെച്ചിട്ടൊക്കെ മരിക്കുക എന്താന്ന് വെച്ചാൽ പ്ലഷർ മനുഷ്യനെ സർഫസിൽ നിർത്തിക്കൊണ്ടേയിരിക്കും ഇന്ദ്രിയ സുഖം മനുഷ്യനെ സർഫസിൽ നിർത്തിക്കൊണ്ടേയിരിക്കും ചിലപ്പോ അതുകൊണ്ടാണ് ഈശ്വരൻ ഒരിക്കലും പക്ഷവാതിയല്ല ഒരാൾക്ക് ദുഃഖം തരുന്നുണ്ടെങ്കിൽ ദുഃഖമും ഒരു വിധത്തിൽ സുഖമാണ് പക്ഷെ നമുക്ക് മനസ്സിലാവില്ല എന്ന് മാത്രം നമ്മൾ വിചാരിക്കുന്നത് നാലു പേര് നമ്മളെ പുകഴ്ത്തുന്നതും സ്തുതിക്കുന്നതും നമുക്ക് പായസം കൂട്ടി ഊണ് കഴിക്കുന്നതും ഒക്കെയാണ് സുഖം എന്നാണ് ഒരു സുഖമാണ് വ്യാധി വരണത് ഒരു സുഖമാണ് വളരെ വിചിത്രമാണത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ പിന്നീട് കാണും ആരോഗ്യമുള്ളവൻ വ്യാധി വരണവനേക്കാളും കൂടുതൽ ആനന്ദത്തിലിരിക്കുന്നവനൊന്നുമല്ല ചിലര് ശരീരത്തിന് പല വ്യാധി ഉണ്ടായിരുന്നിട്ട് ആ വ്യാധിയുടെ സമയത്ത് അത്യധികം ഉള്ളിൽ ശാന്തി അനുഭവിച്ച് ഇതുവരെ കാണാത്തതായ ആന്തരികമായ ആധ്യാത്മികമായ ഉൾക്കാഴ്ച ശരീരത്തിന് വ്യാധിയുള്ളപ്പോ ജീവിതത്തിൽ ഒരു തികവ് കണ്ടെത്തി എത്രയോ പേരുണ്ട് നേരെ മറിച്ച് ശരീരം നല്ല ആരോഗ്യമായി നല്ല കസർത്തെടുത്ത് ഇരുന്നിട്ട് ഉള്ളിൽ ഡിപ്രഷനും സമാധാനമില്ലായ്മയും പലരോടും ദ്വേഷവും അസമാധാനമായിട്ട് ഇരിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പോഴാണ് നമുക്ക് ഇത് അല്പം വിചാരം ചെയ്താൽ അറിയാം നമുക്ക് സർഫസിലുള്ള അറ്റൈൻമെന്റ് സർഫസിലുള്ള നേടിയെടുക്കൽ ഉപരിതലത്തിലുള്ള നേടിയെടുക്കൽ ഒരു നേടിയെടുക്കലേ അല്ല പലപ്പോഴും ഉപരിതലത്തിലുള്ള ലാഭം ആഴങ്ങളിലുള്ള നഷ്ടമാണ് ചിലപ്പോൾ ഉപരിതലത്തിൽ ഉണ്ടാവുന്ന വേദനകള് ആഴങ്ങളില് അമൃതത്തിനെ ഒഴുക്കും അതുകൊണ്ട് ചിലപ്പോൾ പുറമേക്ക് ദുഃഖം വിഷമങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരേണ്ടത് ഈശ്വരന്റെ അനുഗ്രഹമാണ് പുറമേക്ക് സുഖം ധാരാളം പണം ആരോഗ്യം എല്ലാ സുഖസാമഗ്രികളും കിട്ടണം അതുമാത്രമാണ് അനുഗ്രഹം എന്ന് വിചാരിക്കേണ്ട ഭഗവാൻ ഭാഗവതത്തിൽ പറയണം ഞാൻ ആരാ അനുഗ്രഹിക്കണമെന്ന് ആശിക്കുന്നു ചിലപ്പോ അവരുടെ പണമൊക്കെ ഞാൻ പറിച്ചെടുക്കും തെരുവിൽ നിർത്തും ചിലപ്പോ അവർക്ക് അഭിമാനം ഏതേതിൽ അഭിമാനമുണ്ടോ അതൊക്കെ ഞാൻ തല്ലി പൊട്ടിക്കും യനുഗ്രഹം ഇച്ചാമി തദ്വിശോ വിധുനോമ്യഹം യനുഗ്രഹം ഇച്ചാമി തസ്യ വിത്തം ഹരാമ്യഹം അസത ശ്രീമദാനന്ദ ദാരിദ്ര്യം പരമഞ്ജനം ഇതൊക്കെ ഭാഗവതത്തിൽ അത്ഭുതമായ ശ്ലോകങ്ങളാണ് ഗീതയുടെ ഒക്കെ ബൃഹത്തായൊരു വ്യാഖ്യാനാണ് ഭാഗവതം അപ്പൊ ത്യാഗം എന്ന് പറയണത് തപസ്സിന്റെ ഹൃദയസ്ഥാനാണ് ത്യാഗം എന്ന് പറയണത് അധ്യാത്മത്തിന്റെ ഹൃദയസ്ഥാനാണ് അത് തന്നെയാണ് സന്യാസം സന്യാസം എന്ന് വെച്ചാൽ ബാഹ്യം മാത്രമല്ല ആന്തരികമായ ജ്ഞാനം ആന്തരികമായ അഭിമാന യജനത്തിന് പേരാണ് സന്യാസം മാം ജുഹോ മിസ്വാ തന്നെ തന്നെ ഈശ്വരന്റെ ജ്ഞാന അഗ്നിയിൽ ഹോമിക്കുകയാണ് അതിന്റെ ഒരു സിംബലായിട്ട് ബാഹ്യസന്യാസം എടുക്കുന്നവര് ആത്മ പിണ്ഡം വെക്കുകയൊക്കെ ചെയ്യും പക്ഷെ അതൊക്കെ ആന്തരികമായിട്ട് നടക്കണത് സ്വയം തന്നെ തന്നെ അർപ്പണം ചെയ്യുമ്പോഴാണ് അതാണ് ത്യാഗം എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു ത്യാഗ ശാന്തി അപൈഷുണം ത്യാഗം ശാന്തി അന്തഃക്കരണേ ഉപശമഹ ശാന്തി എന്നുള്ളതിന് ആചാര്യസ്വാമി പറയണ വാക്ക് അന്തഃക്കരണ ഉപശമഹ മനസ്സ് ഹൃദയത്തിൽ അടങ്ങ മനുഷ്യന്റെ ഉള്ളിൽ നടക്കുന്ന ഏറ്റവും അദ്ഭുതമായ ഒരു അനുഭവമാണ് ശാന്തി എന്ന് പറയുന്നത് വേദം മുഴുവൻ ശാന്തി ശാന്തി എന്ന് പറഞ്ഞ് നിർത്താൻ കാരണം ശാന്തി മനസ്സിൽ നിന്നും വരുന്ന ഒരു അനുഭവമല്ല സുഖം ദുഃഖം എന്നൊക്കെ മനസ്സിന്റെ മണ്ഡലത്തിലാണ് ഇമോഷൻസൊക്കെ മനസ്സിന്നാണ് വരുന്നത് പക്ഷെ ശാന്തി ഒരു ഇമോഷനല്ല ഒരു ഇമോഷനും ഇല്ലാത്തപ്പോ ഒരു തടസ്സമില്ലാത്തപ്പോ ചിത്തം തന്നെ ഇല്ലാത്ത ഇടവേളകളിൽ സ്വയമേവ് ആത്മാവ് തന്നെ തന്നെ പ്രകാശപ്പെടുത്തുമ്പോൾ അത് ആത്മാവാണെന്ന് അറിയാത്ത ഇരിക്കുന്ന അറിയാതെയിരിക്കുന്ന അജ്ഞാനിക്കും ഉണ്ടാവുന്ന അനുഭവമാണ് ശാന്തി ശാന്തിയെ ആത്മാവാണെന്ന് നമ്മൾ അറിയണില്ല ശാന്തോയമാത്മാ എന്ന് ശ്രുതി പക്ഷെ ശാന്തി ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മൾ അമ്പലത്ത് പോയി ശാന്തി പക്ഷെ ഈ ശാന്തി മനോമണ്ഡലത്തിൽ വരുന്ന വികാരമല്ലാത്തതുകൊണ്ട് പലപ്പോഴും മനസ്സിന് അതിനെ ഓർക്കാനോ പിടിച്ചു നിർത്താനോ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശാന്തിയെക്കാളും കൂടുതൽ വിക്ഷോഭത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക കുറച്ചു നേരം ധ്യാനിച്ചുകൊണ്ടിരുന്നു സത്സംഗത്തിലിരുന്നു ശാന്തമായിട്ടു അങ്ങനെ ഇരിക്കരുതോ ഉടനെ പോയി ടി ഇട്ടു പത്രം വായിച്ചു രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കി ഈ ശാന്തി അങ്ങട് തലക്കിക്കളഞ്ഞു കുറെ ദുഃഖം ഉണ്ടായി ഇനിയിപ്പോ സുഖം വേണം സുഖത്തിന് കുറെ ഡാൻസ് കളിച്ചു പാട്ടുപാടി തുള്ളി കളിച്ചു എന്തൊക്കെ വെച്ചു സുഖം ഇവ ഈ വാച്ചിന്റെ പെൻഡുലം പോലെ കുറച്ച് ദുഃഖിക്കും പിന്നെ കുറച്ച് സുഖിക്കും ഇത് രണ്ടും അവസാനം യോഗിക്ക് മനസ്സിലാവും ദുഃഖം പോലെ തന്നെ സുഖവും ഒരു രോഗമാണ് സുഖം ദുഃഖമൊരു രോഗമാണ് മനോരോഗമാണ് സുഖമോ ഒരു മനോരോഗമാണ് ഇത് രണ്ടും കടന്ന് താൻ വിശ്രാന്തനാവണം ശാന്തനാവണം ശാന്തനാവും തോറും സുഖമൊരു വലിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി ദുഃഖം മാത്രമല്ല ശാന്തിയുടെ രസം ശാന്തിയുടെ ശീതളത ഉള്ളിലുള്ള കുളിർമ അനുഭവിച്ചവന് സുഖം പോലും വലിയൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി എക്സൈറ്റ്മെന്റും ഡിപ്രഷനും ഒരേപോലെ ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി അതുകൊണ്ടാണ് ഉണ്മയായ യോഗസ്ഥിതി അനുഭവിച്ചന് പുറമേ ഒരു എന്റർടൈൻമെന്റും ആവശ്യമില്ല നമുക്ക് സമൂഹത്തിൽ ഇത്രയധികം എന്റർടൈൻമെന്റും ഉത്സവങ്ങളും പാട്ടും കൂത്തും ആളുകൾ മുഴുവൻ എന്റർടൈൻമെന്റിന് പുറകിലാണ് ഒരു അമ്പലം എന്ന് വെച്ചാൽ അതൊരു എന്റർടൈൻമെന്റ് ആണ് ഒരു പൂജ എന്ന് വെച്ചാൽ എന്റർടൈൻമെന്റ് ആണ് ഭാഗവത സപ്താഹം അടക്കുമ്പോ എന്റർടൈൻമെന്റ് ആണ് നേരം പൊക്കാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്കറിയണത് അതാണ് ആ കുറച്ച് നേരത്തേക്ക് തുള്ളി കഴിയുമ്പോ അത്രയും നേരം നമ്മളുടെ തലയിലെഴുത്തൊക്കെ മറന്നിട്ടിരിക്കുമല്ലോ വെറും ഒരു തുള്ളാൻ വേണ്ടിയിട്ട് ഒരു എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആണ് എല്ലാ മേഖലകളിലും ഉപയോഗിക്കുന്നത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള എന്തോ കുഴപ്പമാണ് മനുഷ്യൻ അശാന്തനാണ് ശാന്തി ഇല്ല ഭഗവാ ഭഗവത്ഗീതയില് ഗീതയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കർമ്മണ്യവാധികാരസ്ഥെ അല്ലെങ്കിൽ യഥാ യഥാ ഹി ധർമ്മസ്ഥയൊക്കെ എഴുതി വെക്കണുണ്ട് ആരെങ്കിലും ഒക്കെ ചിത്രം വരയ്ക്കണവരുണ്ടെങ്കിൽ അവർക്കൊരാശയം പറയാം ഗീതയിലെ ഭഗവാൻ അർജുനോട് ചോദ്യം ചോദിക്കുന്ന രീതിയിലെ ഒരു മുദ്ര കൊടുത്ത് അർജുനനെയും വരച്ച് കുറച്ചുകൂടെ ഭാവത്തോടുകൂടെ വരച്ച് എഴുതേണ്ട ശ്ലോകം യഥാ യഥാ ഹി ധർമ്മസ് അല്ലെങ്കിൽ കർമ്മണ്യവാധികാരസ്ഥ അല്ല അശാന്തസ് കുതസ്സുഖം എന്നാണ് അശാന്തസ് കുതസ്സുഖം ശാന്തിയില്ലാത്തവൻ എവിടെ സുഖം ശാന്തിയാണ് വേണ്ടത് ശാന്തിയാണ് യോഗസ്ഥിതി ശാന്തിയാണ് മോക്ഷം ശാന്തിയാണ് ജ്ഞാനം ശാന്തിയാണ് ആത്മാവിന്റെ സ്വരൂപം ശാന്തി മനോവികാരമല്ല മനോവിക്രിയ അല്ല മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഉണ്ടാക്കപ്പെടുന്നതല്ല ശാന്തി മനസ്സ് ഇടവിട്ട് തരുമോ ഉണ്ടാവുന്ന ശീതളത സത്സംഗത്തിലെ മഹാപുരുഷന്മാരുടെ സമ്പർക്കത്തില് പ്രകൃതി ശുദ്ധമായിട്ട് നിർമ്മലമായിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് നമ്മളെ അറിയാതെ ഉണ്ടാവണ നിർവൃത്തി ശാന്തിയാണ് ശാന്തിയുടെ രസം അനുഭവിച്ചു തുടങ്ങണം രസായനമീ ശാന്തി പരമാനന്ദദായിനി നാനന്ദയതി കംനാമ സാധുസംഗമചന്ദ്രിക ആശിഷ്ടം പറയണത് ഒരു രസായനം കുടിച്ച പോലെ ഉള്ളിലൊരു പുഷ്ടി ഉണ്ടാവണതാണ് ഈ ശാന്തി സാധുക്കളോട് സംഘമുണ്ടാവുമ്പോൾ ത്യാഗികളോട് ആത്മജ്ഞാനനിഷ്ഠന്മാരോട് സംഘമുണ്ടാവുമ്പോൾ ഉണ്ടാവണ ശാന്തി ഉണ്ടല്ലോ അതൊരു സ്പിരിച്വൽ ടോണിക്കാണെന്ന് ആ ശാന്തി ചിത്ത ഉപശമരൂപത്തിലുള്ള ശാന്തി ദൈവീ സമ്പത്താണ് അതിനെ എത്ര സാധിക്കാൻ പറ്റോ എത്ര കണ്ട് പറ്റോ അത്ര കണ്ട് സമ്പാദിക്കണം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ശാന്തി നമ്മളുടെ മുമ്പില് ശാന്തിയും ശക്തിയും മുമ്പിൽ വന്ന് നിൽക്കും പവർ ആൻഡ് പീസ് പക്ഷെ പൊതുവെ ആളുകൾ മുഴുവൻ പവറിനെയാണ് പിടിക്കുക ശാന്തി എന്തെങ്കിലും നേടിയെടുക്കുന്നത് നമുക്ക് സുഖം വരാൻ പോലത്തെ ധരിച്ച് പവറിന്റെ പുറകിലാണ് നമ്മൾ ഓടി നടക്കുന്നത് എന്തോ കിട്ടണം എവിടെയോ ഇരിക്കണം എന്തോ ആയിത്തീരണം ഒന്നും ആയിത്തീരാനില്ല ഒന്നും കിട്ടാനില്ല ഒന്നും നേടിയെടുക്കാനില്ല ഉപേക്ഷിക്കാനുള്ളതേ ഉള്ളൂ ദിവസം പ്രകൃതി നമുക്കത് കാണിച്ചു തരുന്നുണ്ട് സുഷുപ്തിയില് ഡീപ്പ് സ്ലീപ്പില് സ്വപ്നം പോലും ഇല്ലാത്ത ഉറക്കത്തില് നമുക്കൊരു സുഖം ഉണ്ടാവണം ആ സുഖം എവിടെ കിട്ടി എന്തെങ്കിലും നേടിയെടുത്തിട്ടാണോ എന്തെങ്കിലും കണ്ടിട്ടാണോ എന്തെങ്കിലും കേട്ടിട്ടാണോ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ എന്തെങ്കിലും തൊട്ടിട്ടാണോ സുഖം ഉണ്ടായത് വാസ്തവത്തിൽ സുഷുപ്തിയിലെല്ലാം ഉപേക്ഷിക്കപ്പെടുകയാണ് ശരീരത്തിനെ ഉപേക്ഷിച്ചു മനസ്സിനെ ഉപേക്ഷിച്ചു നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഉപേക്ഷിച്ചു ഒന്നും കണ്ടില്ല കേട്ടില്ല എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളും ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചപ്പോ നമ്മളുടെ അഭിമാനത്തിനെയും ഉപേക്ഷിച്ച് കഴിയുമ്പോഴാണ് സുഷുപ്തി ഉണ്ടാവുന്നത് അപ്പോ നമ്മൾ കാണുന്നു ആ സുഖം ആ നിർവൃത്തി പുറമേ നിന്ന് നേടിയെടുത്തതേ ദിവസവും സുഷുപ്തിയിൽ ഉണ്ടാവുന്ന സുഖം വളരെ വലിയൊരു ദൃഷ്ടാന്താണ് ഡീപ്പ് സ്ലീപ്പിൽ ഉണ്ടാവുന്ന സുഖം എന്തിനെ വേണമെങ്കിലും നമുക്ക് ഉപേക്ഷിക്കാം പക്ഷേ ഈ സുഷുപ്തിയിൽ നിന്ന് കിട്ടുന്ന സുഖത്തിനെ ആർക്കും ഉപേക്ഷിക്കാൻ പറ്റില്ല എത്ര രസമുള്ള കാര്യമാണെങ്കിലും നിങ്ങൾ ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും പത്ത് പ്രാവശ്യം ആവർത്തിച്ചാൽ ബോറടിച്ചു പോകും പക്ഷേ ഈ ഉറക്കം മാത്രമേ എത്ര പ്രാവശ്യം ആവർത്തിക്കണൂ അല്ലേ അത് ഉള്ളൂ നമുക്ക് ബോറടിക്കാത്ത ഒരു കാര്യം ജനിച്ചത് മുതൽക്ക് തുടങ്ങിയതാണ് പരിപാടി പത്ത് മണിക്കൂറ് എട്ട് മണിക്കൂറ് െ അതുമാത്രം വിരസതയില്ല എന്തെങ്കിലുമൊക്കെ വിരസത തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ ബോറടിച്ചാൽ അതിന് പരിഹാരം തന്നെ ഉറക്കണം ഇവ ഇവിടെ ഗീതാ പ്രഭാഷണം ബോറടിച്ചാൽ ഉറങ്ങാം ഉറക്കം യോഗസ്ഥിതിയാണെന്നല്ല പറയണത് ഉറക്കം നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരണു ശരീരമോ മനസ്സോ ഒന്നും കൂടാതെ തന്നെ സുഖമുണ്ട് ഇന്ദ്രിയങ്ങൾ കൂടാതെ തന്നെ സുഖമുണ്ട് സുഖം നമ്മളുടെ സ്വരൂപമാണെന്ന് സുഷുപ്തി ദിവസം കാണിച്ചിരുന്നുണ്ട് നമുക്ക് ഉപേക്ഷിക്കുന്നത് കൊണ്ട് സുഖം കിട്ടും എന്നും ദിവസം സുഷുപ്തി നമുക്ക് കാണിച്ചിട്ടുണ്ട് ത്യാഗ ശാന്തി ഈ ത്യാഗവും ശാന്തിയും രണ്ടും രണ്ടല്ല ഒന്നെ ത്യാഗാത്തി ശാന്തിന് അനന്തരം ഭഗവാൻ തന്നെ വ്യാഖ്യാനിച്ചു ത്യാഗം ചെയ്താൽ അടുത്ത ക്ഷണം ശാന്തി വരും എന്തിനുമൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമൊക്കെ ഉപേക്ഷിക്കാം നമ്മളായിട്ട് ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കേണ്ട പ്രകൃതി കുറെ കഴിയുമ്പോൾ ഓരോന്നിനെയും വിട്ട് നമ്മളെ വിട്ട് ഒഴിച്ചു വിടും ഒഴിച്ചു വിടുമ്പോൾ സന്തോഷിച്ചുടാം ഓഫീസിലെ ഒരു പൊസിഷനിൽ നമ്മളെ ഇറക്കി വിട്ടാൽ വളരെ സന്തോഷം സന്തോഷിച്ചോളാം അല്ലാതെ ആത്സര്യം വേണ്ട നമുക്ക് കിട്ടിയ ഒരു ജോലി തൽക്കാലത്തേക്ക് പോയി എന്ന് വെച്ചാൽ ഈശ്വരൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ വിട്ട് വിട്ടുകിട്ടാനായിട്ട് സന്തോഷം നമ്മൾ ഉപേക്ഷിക്കുന്നില്ല ഈശ്വരൻ നമ്മളെ കഴട്ടി വിടുമ്പോ സ്ക്രൂ അഴിച്ചു വിടുമ്പോ വീണ്ടും മുറുക്കാൻ ശ്രമിക്കരുത് ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി തരുമ്പോ മാറിക്കൊള്ളാ ഉപേക്ഷിക്കണമെന്ന് സങ്കല്പിച്ചാ മതി ഉപേക്ഷിക്കാനുള്ള സന്ദർഭം പ്രകൃതി തരുമ്പോ ആ സന്ദർഭം ഉപയോഗിച്ച് എന്തൊക്കെ വിടാൻ പറ്റുമോ ഒക്കെ വിട്ടോള ഡോക്ടർ പറഞ്ഞു പഞ്ചസാര കഴിക്കേണ്ടതെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ വളരെ സന്തോഷം ഞാനായിട്ട് വിടാൻ പറ്റില്ല ഇപ്പൊ ഡോക്ടറിന്റെ വാക്കിന്റെ ബലത്തിൽ വിട്ടോള പൈസ പോയി ജോലി പോയി പണം വളരെ കുറച്ചേ ഉള്ളൂ ജീവിച്ചു പോവാന്ന് വെച്ചാൽ ഓ ഇത്ര കാലം വളരെ സിമ്പിളായിട്ട് ജീവിക്കണം എന്ന് വിചാരിച്ചു പ്രാരംഭം കൊണ്ട് നടന്നില്ല ഇപ്പൊ ഇനിയിപ്പോ നിർത്തിയില്ലല്ലോ അതുകൊണ്ട് സന്തോഷമായിട്ട് സിമ്പിളായിട്ടിരിക്കുക എന്തിനേയും അനുകൂലാക്കി തീർക്കാം അധ്യാത്മത്തിന് ഭക്ഷണ ഇല്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ടെന്നുള്ള സ്ഥിതി വന്നാൽ ഭാഗവതം അവർ എടുത്ത് പറയേണ്ടത് ദാരിദ്ര്യമാണോ ഉണ്ണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈശ്വര അനുഗ്രഹം എടുത്തോളൂ അതിനെ തപസായിട്ട് എടുത്തോളൂ നമ്മളായിട്ട് ഊണു ഇഷ്ടം പോലെ ഉള്ളപ്പോ ഊണു കഴിക്കണത് നിർത്തില്ല ഇപ്പൊ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തന്നു നിർത്തിക്കൂടാ അങ്ങനെ ഇതാണ് നമ്മൾ ഉപേക്ഷിക്കണ്ട ഉപേക്ഷിക്കണം തീരുമാനിച്ചാൽ മതി ഭഗവാന്റെ അടുത്ത് പറയാ ഭഗവാനെ എന്താ ഉപേക്ഷിക്കേണ്ടത് എനിക്കറിയില്ല എത്ര കണ്ട എങ്ങനെ വിട്ടുപോണെന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിച്ചിട്ട് ഒട്ടും വിടാനും പറ്റില്ല അതുകൊണ്ട് സന്ദർഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതി ഭഗവാൻ ആരാ അന്തറിയാമിയാണ് സർവം വേത്തി സർവജ്ഞ സർവവിദ് എല്ലാം അറിയണത് നിങ്ങൾക്ക് വിചാരിക്കാത്ത വിധത്തിൽ ജീവിതത്തിൽ സന്ദർഭം ഉണ്ടാക്കി തീർക്കും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഉപേക്ഷിക്കാത്ത സാധനങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു തരും പക്ഷെ അറിയണം അത് കൃപയാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താന്ന് അത് വിട്ടുപോകുമ്പോൾ പിന്നെയും ആത്സര്യവും ദ്വേഷമൊക്കെ എനിക്ക് ആ സ്ഥാനം പോയി മാനം പോയി പണം പോയി ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ പോയി പോണു ചിലർക്ക് ആ കൃപ ചെയ്യുന്നതിനെ അറിഞ്ഞോള്ളാം ഭഗവാനാണ് എല്ലാം എടുത്തോണ്ട് പോണതെന്ന് അറിഞ്ഞിട്ട് സന്തോഷമായിക്കൊള്ളണം ത്യാഗ ശാന്തി അങ്ങനെ വിട്ടുപോകുന്നതിനെ വിടാൻ നിങ്ങൾ വിടും വേണ്ട പക്ഷെ വിട്ടുപോകുന്നു പുറത്തുള്ള ഭഗവാൻ അമ്മയുമാണ് അച്ഛനുമാണ് ഈശ്വരൻ ഒരു സുപ്പീരിയർ ഓഫീസറോ അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്ററോ ഒരു സ്വേച്ഛാധിപതിയോ ഒന്നുമല്ല ഈശ്വരൻ അമ്മയുമാണ് അച്ഛനുമാണ് ഭർത്താവുമാണ് ഗതിയുമാണ് ഒക്കെയാണ് നമ്മളുമാണ് അതുകൊണ്ട് ഈശ്വരനെ ഭയ അശേഷം ഭയപ്പെടേണ്ട ആവശ്യമില്ല ഗതിർ ഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത്ത് പ്രഭവ പ്രളയ സ്ഥാനം നിദാനം ബീജമവ്യയം ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ നമ്മൾ വരുത്തിക്കേണ്ട ഭഗവാനോട് പറഞ്ഞാൽ ഭഗവാനെ ഗീതയിൽ ഇത്രയൊക്കെ ലക്ഷണം വരണമല്ലോ എനിക്കൊന്നും വരണില്ലല്ലോ ഭഗവാനെ എനിക്ക് വരാൻ വേണ്ട സന്ദർഭം ഉണ്ടാക്കി പറഞ്ഞാൽ മതി ഒക്കെ ഉണ്ടായിക്കോളും പക്ഷെ സന്ദർഭം വരുമ്പോൾ അറിയണം ഭഗവത് കൃപയാണെന്ന് അറിയണം അറിഞ്ഞുകൊണ്ട് ആ കൃപയ്ക്ക് വഴങ്ങിക്കൊടുക്കണം പിന്നെയും ബലം പിടിക്കാൻ പാടില്ല മുഷ്ടി പിടിക്കാൻ പാടില്ല ആ സന്ദർഭം വന്നു മുമ്പിൽ വന്ന് നിൽക്കും നമ്മളുടെ അടുത്ത് വിട്ടുപോവാൻ നമുക്ക് അനുമതി തരും ഓരോന്നോരോന്നായി ഗളിതം വീണു പോവും നമ്മളെ സ്വതന്ത്രമാണ് നമ്മളായിട്ടൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മളായിട്ട് യാതൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഈശ്വരനായി എടുത്തുകൊണ്ടു പോകുമ്പോൾ വിട്ടുകൊടുക്കാൻ മഹാബലിയെ പോലെ തയ്യാറായാൽ മതി വാമനൻ എടുത്തുകൊണ്ട് പോകുമ്പോ അസുരന്മാർ യുദ്ധത്തിന് പോകുന്നു മഹാബലി പറഞ്ഞു അരുത് ആര് തന്നു അവനാണ് എടുത്തുകൊണ്ട് പോകണത്തന്നത് അവൻ തരുമ്പോ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞില്ലല്ലോ എടുത്തുകൊണ്ട് പോകുമ്പോ വേണ്ട എന്ന് പറയാനും നമുക്ക് അധികാരമില്ല യഹ് പ്രഭുഹു സർവഭൂതാനാം സുഖദുഃഖോപത്തയെ തമ്മിൽ അതിവർത്തിത്തും ദൈത്യാഹ പൗരുഷ ഈശ്വര പുമാൻ ജീവിതത്തിൽ ഓരോ ഇൻസിഡന്റും നല്ലതോ ചീത്തയോ എല്ലാം ഈശ്വരൻ നമുക്ക് തരുന്ന ഒരു മരുന്നാണ് നമ്മളുടെ ഭവരോഗം ശമിപ്പിക്കാനുള്ള ഒരു മരുന്നാണ് ആ മരുന്നിനെ ഏത് ഭാവത്തോടുകൂടെ സ്വീകരിക്കണം എന്ന് അറിയാനുള്ള ഒരു ബുദ്ധി നമുക്കുണ്ടെങ്കിൽ ആ ബുദ്ധിക്ക് പേരാണ് ഗുരു കൃപ പ്രസാദം അതിനാണ് യോഗശക്തി അതാണ് മേധ മേധ എന്ന് പറയുന്നത് എന്താ ജീവിതത്തിൽ വരുന്ന അനുഭവത്തിനെ നേരെ ചുമ എടുക്കാനുള്ള ശക്തിയാണ് മേധ കുരുട്ടുബുദ്ധിയല്ലാതെ അപ്പൊ ത്യാഗ ശാന്തി ശാന്തി ഉണ്ടാവണം ശാന്തിക്ക് വേണ്ടി ത്യജിക്കണം ത്യജിക്കുമ്പോ ശാന്തി ഉണ്ടാവും അപൈശുനം പരസ്മൈ പരരന്ത്ര പ്രകടീകരണം പൈശുനം തഥഭാവ അപൈശുണം ഏറ്റവും വിഷമം പിടിച്ച ഒരു കാര്യമാണ് അടുത്തത് പൈശുനം എന്ന് വെച്ചാൽ ചിലരുണ്ട് എന്തിന്റെയും നെഗറ്റീവ് സൈഡ് കാണും എന്ത് പറഞ്ഞാലും അവര് നെഗറ്റീവ് ആക്കാം ഒരു രണ്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും താമസിക്കുകയാണ് അടുത്ത വീട്ടുകാരൻ ഇയാൾ എന്ത് നല്ലത് പറഞ്ഞാലും അടുത്ത വീട്ടുകാരൻ നേരെ ഓപ്പോസിറ്റ് പറയും ഇയാൾക്ക് എന്ത് സ്ഥാനമാനങ്ങൾ കിട്ടിയാലും അയാൾ ഒരു കുറ്റം കണ്ടുപിടിക്കും ഇയാൾ ഒരു കൂട്ടാൻ വെച്ച് കൊടുത്താൽ കൂട്ടാൻ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഉപ്പ് കൂടി കുറഞ്ഞു എന്ന് പറയും ശരി പോട്ടെ ചിലപ്പോൾ വളരെ നന്നായിട്ട് വെച്ച നന്നായിട്ടുണ്ട് പാത്രം ശരിയില്ല എന്ന് പറയുന്നത് കൂട്ടാൻ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ വയ്യെങ്കിൽ പാത്രത്തിനെ കുറ്റം പറയു ഇയാൾക്കൊരു നായ ഉണ്ട് ആ നായ ഇയാൾ വളർത്തി പല ടെക്നിക്കും പറഞ്ഞു കൊടുത്ത് അവസാനം നായ് വെള്ളത്തിന്റെ മേലെക്കൂടെ ഓടും അത്ര അങ്ങനെ ഒരു പണിയുണ്ടാക്കി എന്നിട്ട് അടുത്ത വീട്ടുകാരനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ഇപ്പൊ എന്തു പറഞ്ഞു എന്റെ നായ വെള്ളത്തിന്റെ മേലെ കൂടെ ഓടുന്നു എന്തും തോന്നണം നിനക്ക് എന്റെ നായിക്ക് നീന്താൻ അറിയില്ല അപ്പോഴും സ്തുതിക്കില്ല എന്നാണ് എന്തിന്റെയും നെഗറ്റീവ് സൈഡിനാണ് പൈശുനം എന്ന് പറയുന്നത് ഈ പൈശുനം പലപ്പോഴും അസൂയയുടെ എഫക്റ്റാണ് അധ്യാത്മമണ്ഡലത്തിൽ ധാരാളം ഉണ്ടത് പ്രത്യേകിച്ചൊരു വലിയ ആശ്രയമാണ് ധാരാളം സാധകന്മാരും ബ്രഹ്മചാരികളും ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ഒരാളും ഒരാളെയും സമ്മതിക്കില്ല എല്ലാവരും പരതന്ത്ര പ്രകടീകരണം എന്നാണ് മറ്റുള്ളവന്റെ ദ്വാരം നോക്കിക്കൊണ്ടേയിരിക്കും എന്നാണ് എവിടെയാ പറയാനുള്ളത് നോക്കിക്കൊണ്ടേയിരിക്കും ഒന്നിലെ സ്തുതിക്കും അല്ലെങ്കിൽ നിന്ദിക്കും വിമർശനം വേണോ വേണ്ടയോ എന്നുള്ളതിന് വലിയൊരു ചർച്ചയാണ് അധ്യാത്മത്തില് ഒരു തെറ്റ് കണ്ട തെറ്റ് എന്ന് പറയണ്ടേ തെറ്റ് ഏതാണ് ശരി ഏതാണ് ധർമ്മം ഏതാണ് അധർമ്മം ഏതാണെന്ന് അറിഞ്ഞോളൂ പക്ഷെ അത് പൈശുനമാണോ ധർമ്മവിമർശ ആണോ എന്നുള്ളത് നിങ്ങളുടെ ഹൃദയം പറയണം പലപ്പോഴും നമ്മളുടെ അസൂയ കൊണ്ടോ നമുക്ക് കിട്ടാത്തത് വേറെ ഒരുത്തർക്ക് കിട്ടുമ്പോഴോ ഒക്കെ നമ്മൾ പറയുന്നതിന് പേരാണ് പൈശുനും അല്ലാതെ ധർമ്മവിമർശ അല്ല ഇവിടെ പൈശുനും എന്ന് പറയണത് നമുക്ക് കിട്ടാത്തത് വേറെ ഒരുത്തർക്ക് കിട്ടുമ്പോഴോ നമുക്ക് സ്ഥാനം എന്തെങ്കിലും അത് ക്രോധം തന്നെയാണ് ഒരുവിധത്തിൽ കാമാത് ക്രോധോപിചാഹായത്തെ അപ്പൊ എന്താ പറഞ്ഞുകൊണ്ടേയിരിക്കും സാധാരണ നമ്മൾ രണ്ടുപേര് ചേർന്ന് കഴിഞ്ഞാൽ അതിലാണോ അതാണല്ലോ പറയാം വ്യക്തികളും വ്യക്തികളും ചേർന്ന് കഴിഞ്ഞാൽ മൂന്നാമതൊരു വ്യക്തിയെ പറയും അനേകം വ്യക്തികളെ പറയും നമ്മളെ കുറിച്ച് ഒരു പൈശ്വരം അതിമാനിത ഇന്നലെ പറഞ്ഞുവല്ലോ ഇനി പറയാൻ പോണ കാര്യമാണത് തന്നെ കുറിച്ച് മറഞ്ഞും തെളിഞ്ഞും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു താൻ വട്ടപൂജ്യാണെന്ന് പറയുന്നവര് വളരെ കുറവാണ് ലോകത്തില് നമുക്ക് പറയാൻ ധൈര്യം വരില്ല നമ്മളെ കുറിച്ച് സ്തുതിക്കും ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അതിന് പേര് പൈശുരം പരസ്വഭാവർമാണി പ്രശംസേത് വിശ്വം ഏകാത്മകം പശ്യൻ പ്രകൃത്യാണ എന്ന് ഭഗവാൻ ഭാഗവതത്തിൽ ഉദ്ധവരോട് പറഞ്ഞു മറ്റുള്ളവനെ സ്തുതിക്കുകയും വേണ്ട നിന്ദിക്കുകയും വേണ്ട എല്ലാം ഒരേ ആത്മസ്വരൂപമായിട്ട് കാണൂസേ ഇത് എത്ര കണ്ട് നമുക്ക് പ്രായോഗികമാക്കുക അത്രയും കണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവും പക്ഷേ ഓർത്തോളം രനെ ഉണ്ടാവാൻ പാടില്ല അപ്പോഴേക്ക് സാധിക്കുള്ളൂ മറ്റുള്ളവൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഗുണവും ദോഷവും വരും മറ്റുള്ളവനെ മുമ്പിൽ ഒരാളെ സ്തുതിക്കാൻ മാത്രം ചെയ്യാൻ നമുക്ക് പറ്റില്ല എല്ലാവരിലും നന്മ കാണണം അതുകൊണ്ട് ലോകത്തിൽ അധർമ്മം ചെയ്യുന്നവരും കള്ളം കപടം ചെയ്യുന്നവരും ഒക്കെ നമുക്ക് സ്തുതിക്കണം എന്ന് വെച്ചാൽ അൺനാച്വറൽ ആണ് നമ്മളുടെ ഉള്ളില് നമുക്ക് തോന്നാത്തത് പുറത്ത് പറയാൻ പറ്റില്ലല്ലോ ഒരാളിപ്പോ ചെയ്യുന്നത് ശരിയല്ലാതെ നമുക്ക് തോന്നണമെന്ന് വെച്ചാലും ഇപ്പൊ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് കുറ്റം പറയാൻ പാടില്ല അതുകൊണ്ട് മഹാത്മാവാണെന്ന് പറയാൻ പറ്റുമോ കുറ്റം കണ്ടാൽ കുറ്റം തോന്നും അല്ലേ അത് തോന്നാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഒരു കാര്യം അയാളെ രാവണനാക്കി വെച്ചിരിക്കണതും ഭഗവാനാണ് ഇയാളെ രാമനാക്കി വെച്ചിരിക്കണതും ഭഗവാനാണ് അവൻ ഹിരണ്യകശിപുവായിട്ട് ചലിപ്പിക്കുന്നതും ഭഗവാനാണ് പ്രഹ്ലാദനായിട്ട് ചലിപ്പിക്കണം ഹിരണ്യകശിപു എന്ന് കാണുന്നുണ്ട് പ്രഹ്ലാദൻ എന്ന് കാണുന്നുണ്ട് രാമൻ എന്ന് കാണുന്നുണ്ട് രാവണൻ എന്ന് കാണുന്നുണ്ട് പക്ഷേ അഭിപ്രായം പറയാനൊന്നുമില്ല നമുക്ക് എവറിബഡി ഈസ് പെർഫെക്ട് ഇൻ ദിയർ പ്ലേസ് അത്രയുള്ളൂ അവരവിടെ ഇരുന്നോട്ടെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ആ രീതിയിലുള്ള റോളാണ് ഭഗവാൻ അവർക്ക് കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഇപ്പൊ എനിക്ക് പറയാനൊന്നുമില്ല ഞാൻ പറയാനൊന്നുമില്ല അപ്പൊ എനിക്ക് അതുകൊണ്ട് ഒന്നും പറയാനില്ല മഹർഷി രമണ ഭഗവാന്റെ അടുത്ത് ചെലവാകാത്ത ഒരു കാര്യമാണ് ഈ പൈശുനും പലരും എന്തെങ്കിലുമൊക്കെ പോയി കൊളുത്തി കൊടുത്താൽ അവർക്കായിരിക്കും കിട്ടണത് ഒരു ഭക്തൻ ദിവസം കുറെ ആളുകൾ മുമ്പിൽ ഇരുന്ന് ധ്യാനിക്കുന്നുണ്ട് അപ്പൊ അതിലൊരാൾ ഇരുന്ന് ഉറങ്ങണുണ്ട് അയാള് ദിവസം രാവിലെ പാവം അഞ്ചു മണിക്ക് ധ്യാനിക്കാൻ അവിടെ വരും ഇരുന്ന് ഉറങ്ങും േക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എട്ട് മണിക്ക് വന്നിരുന്ന അപ്പോഴും ഉറങ്ങും ഉച്ച വരെ പന്ത്രണ്ട് മണിവരെ ഇരുന്ന് ഉറങ്ങും എഴുന്നേറ്റ് പോകും പിന്നെയും അയാൾ മെനക്കെട്ട് ധ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഉറങ്ങിപ്പോകും അപ്പൊ ഈ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആണ് അവർക്കൊന്നും പറയാൻ ധൈര്യമില്ല അവർ ഒരു വക്കീലായ ഒരു ഭക്തനെ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഭഗവാൻ്റെ അടുത്തൊന്നും പറയാം അയാളെ ഒന്നും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറയൂ അയാൾ ദിവസം രാവിലെ ഉച്ചയ്ക്കൊക്കെ ഇരുന്നു ഉറങ്ങണോ അപ്പൊ ഈ വക്കീല് ഒരു ദിവസം മഹർഷിയുടെ അടുത്ത് പറഞ്ഞു ഭഗവാൻ ഭഗവാൻ ഈ ആള് കുറെ ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണു അയാള് രാവിലെ ഇരുന്ന് ഉറങ്ങണു ഉച്ചയ്ക്ക് ഇരുന്ന് ഉറങ്ങണു വൈകുന്നേരം ഇരുന്ന് ഉറങ്ങണു എത്ര ദിവസമായി നീ നോക്കണു നാല് ദിവസമായി രാവിലെയും ഉറങ്ങണണ്ടോ രാവിലെയും ഉറങ്ങണം ഉച്ചയ്ക്കും ഉറങ്ങണം ഉച്ചയ്ക്കോ ഉറങ്ങണുണ്ടോ സദാ ഉറങ്ങണു നല്ല കാര്യമായി അവൻ അവൻ വന്ന വേല അവൻ ചെയ്യണോ നീ നീ വന്ന വേലെ വിട്ടിട്ട് അവൻ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കണം അവനെങ്കിലും ഉറങ്ങിക്കഴിച്ചു എന്ന് പറയാം നീ നൻറെ അനുഷ്ഠാനമൊക്കെ വിട്ടിട്ട് അവനെ നോക്കിക്കൊണ്ടിരുന്നില്ലേപ്പോ പൈശുണം ഇത് ഒരു നെഗറ്റീവ് സൈഡ് മറ്റൊരു സൈഡ് ഇതേ ഭക്തൻ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു സന്യാസി ദിവസവും മഹർഷിയുടെ മുമ്പിൽ ഇരുന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ കണ്ണിന്ന് കണ്ണീര് വരും എപ്പ ധ്യാനിക്കാൻ നിന്നാലും കണ്ണിന്ന് കണ്ണീര് വരും ഇത് കണ്ടിട്ട് ഈ ഭക്തൻ നമ്മുടെ ഭഗവാനെടുത്ത് ഒരു ദിവസം മലയിൽ നടക്കാൻ പോകുമ്പോൾ വളരെ ജാഗ്രതയോടെയാണ് പറഞ്ഞത് സൂക്ഷിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാന് ഞാൻ ഇത്ര ദിവസമായിട്ട് ഇവിടെ ഇരിക്കണു എല്ലാം കേട്ടു അറിഞ്ഞിട്ടും ഒരിക്കൽ പോലും എനിക്ക് ധ്യാനിക്കാനിരിക്കുമ്പോൾ കണ്ണിലും ഒരു കണ്ണീര് വരണില്ലല്ലോ ഈ ശ്രീലങ്ക വന്ന സ്വാമിക്ക് എപ്പ ധ്യാനിക്കാൻ നിന്നാലും കണ്ണിന് കണ്ണീര് വരണു എനിക്ക് കണ്ണീര് വരണില്ലല്ലോ ഭഗവാൻ തിരിഞ്ഞു നോക്കിയിട്ട് അവനക്ക് കണ്ണില കോളാറില്ലേനും ഉണക്കെന്നെ തരികോയി അവന് കണ്ണില് കുഴപ്പമില്ല എന്ന് നിനക്കെന്തറിയും നീ അവനെ മറ്റ് അവനെ നോക്കിക്കൊണ്ട് അവനെ കണ്ണിൽ കണ്ണീര് വരണം അവന് കണ്ണിലെന്തെങ്കിലും കുഴപ്പമില്ല എന്ന് നിനക്കറിയുമോ ചിലർക്ക് കണ്ണിൽ കുഴപ്പമുണ്ടെങ്കിൽ കണ്ണീര് വരും വളരെ സിമ്പിളായിട്ട് എന്നിട്ട് പറഞ്ഞു മറ്റുള്ളവർ നോക്കണ്ട മറ്റുള്ളവർ മേലെ പോയോ ചവിട്ടിൽ പോയോ ഒന്നും നോക്കണ്ട മറ്റുള്ളവൻ നല്ലവനായോ ചീത്തയായോ ലോകം ഗോളിളക്കം സൃഷ്ടിച്ചോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ലോകത്തിൽ നമ്മളുടെ ദൃഷ്ടി പുറത്തു പോകുമ്പോ വികൽപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ലോകത്തിന് സ്വഭാവമാണ് അതുകൊണ്ടാണ് സന്യാസി സന്യാസി എന്ന് വെച്ചാൽ അധ്യാത്മികത്തിനായി വ്രതമെടുക്കുന്നവൻ അഭയം സർവഭൂതേഭ്യഹ ഞാൻ എല്ലാവർക്കും അഭയം കൊടുക്കുന്നു ഞാൻ ആരോടും കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയണത് എന്നുവെച്ചാൽ ഇനി ഞാൻ ലോകത്തിൽ ഒരിടത്തുമില്ല മാത്സര്യത്തിനില്ല ഒരു പരീക്ഷ പേപ്പറും പ്രസന്റ് ചെയ്യാനില്ല ഒരാളോട് ശണ്ട കൂടാനില്ല ഒന്നിനുമില്ല ഞാനിതാ പോണൂന്നു ഒതുങ്ങണോ എന്തിനാന്ന് വെച്ചാൽ ഈ വ്യവഹാര മുഴുവൻ കൺഫ്യൂഷൻ ഇവിടെ ഇവിടെ കോൺഫ്ലിക്സ് ആണ് ദ്വന്ദ് ഇവിടെ കോമ്പറ്റീഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല ഇവിടെ മാത്സര്യമാണ് അപ്പോ ഇതിനകത്ത് ഇരുന്നു കൊണ്ട് ഷണ്ട ഒരിക്കലും ഒരാൾക്കും ആത്യന്തികമായി ഉച്ചസ്ഥാനത്ത് നിൽക്കാൻ പറ്റില്ല നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോളൂ ഏത് ഫീൽഡിൽ നോക്കിയാലും ശരി അൾട്ടിമേറ്റ് എക്സലൻസ് എന്നുള്ളത് സാധ്യമേ അല്ല നിങ്ങൾ എത്ര ഉയരത്തിൽ പോകൂ നിങ്ങളെ കാണും പത്തടി മുമ്പിൽ ഒരാൾ ഉണ്ടാവും ഇപ്പൊ നാളെ വരും നിങ്ങൾ ഏത് ഫീൽഡിലും നിങ്ങൾ എന്തൊക്കെ റെക്കോർഡ് ഉണ്ടാക്കൂ നാളെ ഒരുത്തൻ വന്ന് റെക്കോർഡ് നിങ്ങൾ റെക്കോർഡിനെ ഭേദിക്കുന്നത് കണ്ടിട്ടേ അധികമായിട്ട് നിങ്ങൾ മരിക്കുള്ളൂ പ്രകൃതിയുടെ നിയമാണത് അത് പ്രകൃതി നമുക്ക് പറഞ്ഞു തരികയാണ് നീ ഇതുകൊണ്ടൊന്നും സമാധാനിക്കേണ്ട ഒരിക്കലും ലോകത്തിലുള്ള ഒരു അച്ചീവ് ഒരു അച്ചീവ്മെന്റ് കൊണ്ടും നിനക്ക് സമ്പൂർണമായും ഞാൻ പൂർണനായി തീരുമാനിക്കാൻ പറ്റില്ല പലരും വിചാരിക്കണത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായി എന്നാണ് സാധ്യമല്ല അതുകൊണ്ട് ഇവിടെ ഒന്നിനോട് അസൂയപ്പെടാനില്ല ദ്വേഷിക്കാനില്ല മാത്സര്യത്തിനില്ല ഒരാളും പൂർണ്ണമോ വലുതോ ചെറുതോ അല്ല സ്വാമി രാമതീർത്തനൊന്ന് പറയും അണ്ണാനും മലയും കൂടെ ചണ്ട കൂടിയത്രേ ഇംഗ്ലീഷിലൊരു കവിതയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ദ സ്ക്വിരൽ ആൻഡ് ദ മൗണ്ടൻ ഹാഡ് എ കൊറൽ അണ്ണാനും മലയും കൂടെ ചണ്ട മല അണ്ണാനയുടെ ചിഹ്ന പയ്യ എന്ന് എന്നാണ് അല വിളിച്ചു എത്ര അണ്ണാനെ നോക്കിയിട്ട് ചോട്ട അപ്പൊ അണ്ണാം പറഞ്ഞു നീ എന്നെ ചേർത്ത വിളിക്കൊന്നും വേണ്ട എനിക്ക് തനിക്ക് ചെയ്യാൻ പറ്റാതെ പലതും എനിക്ക് ചെയ്യാൻ പറ്റും ഇഫ് ഐ കനോട്ട് കാരി ഫോറസ്റ്റ് ഓൺ മൈ ബാക്ക് ഇഫ് ഐ ആം നോട്ട് ബിഗ് ലൈക്ക് യു നെയ്തർ ആർ യു സ്മോൾ ലൈക്ക് മീ ഞാൻ എന്നെ വലുതല്ലെങ്കിൽ നീ എന്നെ പോലെ എനിക്ക് എന്നെ പോലെ കാടുകളെ വഹിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്നെ പോലെ ഒരു കടല പൊട്ടിക്കാൻ നിനക്കും പറ്റില്ല അപ്പൊ പിന്നെ എന്തിനാ വെറുതെ പൈശുനം അപ്പൊ പരസ്പരം ദ്വേഷിക്കാനോ അസൂയപ്പെടാനോ ഒന്നുമില്ല നീ നീയാണ് ഞാൻ ഞാനാണ് നമ്മൾ തമ്മിൽ ചേരില്ല പക്ഷെ എനിക്ക് നീ ആവാനോ നിനക്ക് ഞാനാവാനോ പറ്റില്ല അപ്പൊ മാത്സര്യമോ പൈശുനമോ പരസ്പരം കുറ്റം പറയലോ അവൻ അങ്ങനെയാണോ എങ്ങനെയാണോ പറയലോ ഒന്നും വേണ്ട നമ്മളുടെ പത്രം മുഴുവൻ എന്താ രാവിലെ എണീറ്റ പത്രം വായിച്ചിട്ടില്ലെങ്കിൽ കാപ്പി കുടിക്കാൻ പറ്റില്ല പത്രത്തിൽ എന്താ ഉള്ളത് പൈശുനം അല്ലാതെ വല്ലതും ഉണ്ടോ അതില് പത്രം വായിക്കാതിരിക്കുക എന്നുള്ളതൊരു യോഗസാധനയാണ് നോക്കൂ ചെയ്യുന്നതിന് ചെയ്യാതിരിക്കുന്നതിന് ബല ഇല്ല ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ചെയ്യുന്നതിന് ചെയ്യാതിരിക്കുന്നതിന് എന്ത് ബലമുണ്ടോ ആ ബലം ചെയ്യുന്നതിനില്ല എപ്പോഴും നിശ്ചലതയ്ക്കുള്ള ബലം ചലനത്തിനില്ല നുണ പറയാതിരിക്കുന്നതിന്റെ ബലം ഒരു സത്യം പറയണതിനില്ല ആഗ്രഹിക്കാതിരിക്കുന്നതിന്റെ ബലം നല്ല ആഗ്രഹത്തിനില്ല വസ്തുക്കളെ ശേഖരിച്ചു വയ്ക്കാതിരിക്കുന്നതിന്റെ ബലം ശേഖരിച്ച് ദാനം ചെയ്യുന്നതിന് നുണ പറയാതിരിക്കുക ആഗ്രഹിക്കാതിരിക്കുക കെക്കാതിരിക്കുക ഇതൊക്കെ എന്തു ബലം ഇതിനുണ്ടോ ആ ബലം യാഗം ചെയ്യുക പൂജ ചെയ്യുക ജപം ചെയ്യുക ഇതിനൊന്നുമില്ല അതേപോലെ തന്നെ പത്രം വായിക്കാതിരിക്കുന്നതിനുള്ള ബലം പത്രം വായിച്ചിട്ട് അതിൽ നല്ല ന്യൂസ് കിട്ടുന്നതിനില്ല പൈശുനമാണ് ശാന്തമായിട്ട് രാവിലെ നേരം വിളിച്ചാവുമ്പോ പത്ത് മുപ്പത് വർഷം മുമ്പുള്ള പത്രം എടുത്തു നോക്കും ഇതേ ന്യൂസ് തന്നെ പേര് മാത്രം മാറും അത്രേ ഉള്ളൂ ഇവിടെ മാഷിന്റെ അദ്ദേഹം പറയും പട്ടി മനുഷ്യനെ കടിച്ച വാർത്തയല്ല മനുഷ്യൻ പട്ടിയെ കടിച്ച വാർത്ത ഏട്ടനും അനിയനും സ്നേഹമായിട്ടിരുന്ന വാർത്ത ആവില്ല പരസ്പരം വേലി തർക്കം മൂത്താൽ വാർത്തയായി രണ്ടുപേരെ സ്നേഹിച്ചു എപ്പോഴെങ്കിലും ഒരു വാർത്ത കണ്ടിട്ടുണ്ടോ നിങ്ങള് രണ്ടുപേര് കൊന്നു എന്ന് വെച്ചാൽ വാർത്ത കട്ടു എന്ന് വെച്ചാൽ വാർത്ത ത്യാഗം ചെയ്തു പത്രത്തിൽ വാർത്ത വരുമോ സോ ഇറ്റ്സ് എ ഫീൽഡ് വെയർ യു എക്സ്പ്രസ് ഓൾ നെഗറ്റിവിറ്റീസ് എവിടുന്ന നമ്മുടെ ഉള്ളിൽ ഒരു ആശയം വന്നതെന്ന് മനസ്സിലായില്ല നെഗറ്റീവ് ആയിട്ടുള്ളതാണ് അറിയേണ്ടത് പത്രക്കാരൻ എനിക്കെതിരെയാവും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര കണ്ട് ആലോചിച്ചില്ല നമുക്ക് പത്രം എന്നുള്ള ഒരു മീഡിയ അല്ല ഞാൻ ഇപ്പൊ പറയണത് പൈശുനം ഒരു മീഡിയ ഒരു ഒരു വിനിമയ സമ്പ്രദായത്തിനെയല്ല പറയണത് പൈശുനം നെഗറ്റീവായിട്ടുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യുക നമുക്ക് മനസ്സിന് സമാധാനം പോവും അശാന്തി ത്യാഗശാന്തി അപൈശ്വനം ദയാഭൂതേഷു സർവപ്രാണികളോടും ദയാരുണ്യം നമ്മൾക്ക് ആത്മൗപമ്യേന സർവത്ര നമുക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാം നമുക്ക് എന്തൊക്കെ ഹിതാണോ അതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാം അതിനു പേരാണ് ദയാ ദയാഭൂതേഷു അലോലുപ്ത്വം ഇന്ദ്രിയാണാം വിഷയസന്നിധവും അവിക്രിയ ഇന്ദ്രിയങ്ങൾക്ക് വിഷയസമ്പർക്കം വരുമ്പോ ചലിക്കാതിരിക്കുക എന്നുള്ളതാണ് അലോലുപ്ത്വം വലിയ ദൈവീ സമ്പത്ത് ഇന്ദ്രിയങ്ങള് വിഷയസമ്പർക്കത്തിൽ വിക്ഷുബ്ധമാവാതിരിക്കുന്നതിന് അലോലുപ്ത്വം എന്ന് പേര് ഇന്ദ്രിയ ലോലുപൻ എന്നൊക്കെ നമ്മൾ ഉപയോഗിച്ച് കാണാറുണ്ട് ലോലുപൻ എന്ന് വെച്ചാൽ അതില് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നവൻ ഒട്ടിക്കൊണ്ട് നിൽക്കുന്നവൻ അർത്ഥം അലോലുപ്ത്വം എന്ന് വെച്ചാൽ ഒരു വിഷയത്തിനും ഇയാൾ എതിർച്ചയാ കിട്ടുന്ന വസ്തുക്കളെ രാഗദ്വേഷമില്ലാതെ അനുഭവിക്കുമെന്നല്ലാതെ ഒന്നിനും അയാൾക്ക് പ്രത്യേകതയില്ല ഒന്നും വേണമെന്നില്ല ഒന്നും നിർബന്ധമില്ല എതിർച്ചയാ എന്താണോ തന്റെ പ്രാരബ്ധ അനുസരിച്ച് തനിക്ക് കിട്ടണത് അത് അനുഭവിക്കും ഒരു കംപ്ലൈന്റും ഇല്ല സുഖമാവട്ടെ ദുഃഖാവട്ടെ എന്ത് വിട്ടുപോണോ അതിന്റെ പുറകെ അയാൾ നടക്കില്ല അയാൾ അലോലുപനാണ് ദയാഭൂതേഷു അലോലുപത്വം മാർദ്ദവം മാർദ്ദവം എന്ന് വെച്ചാൽ മൃദുത അക്രൗര്യം ദ്വേഷമില്ല ശാന്തം മൃദുവാണ് പല കാര്യങ്ങളും നമുക്ക് മാർദ്ദവം കൊണ്ട് ജയിക്കാം രമണ മഹർഷിയുടെ പാർശ്വതന്മാരില് വളരെ മൃദുവായ ഒരു സ്വാമി ഉണ്ടായിരുന്നു കുഞ്ചുസ്വാമികളും പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്വാമി സമാധിയായത് വളരെ ശാന്തനാണ് മലയാളിയാണ് അദ്ദേഹം ഒരിക്കലേ ഒരു ചെറുപ്പക്കാരൻ സ്വാമിയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഈ ജ്ഞാനം ഭക്തി പറഞ്ഞിട്ട് എന്ത് കാര്യം സ്വാമി വെറുതെ ജ്ഞാനവിചാരവും ഭക്തിയൊക്കെ ചെയ്തിട്ട് എന്ത് പ്രയോജനം നാട്ടിലെ കുടുംബത്തിൽ കലഹം നടക്കുന്നു അമ്മായി മരുമകളും കലഹം നടക്കുന്നു ഏട്ടൻ അയ്യന്മാർ ചണ്ട നടക്കുന്നു അതിനീ ഭക്തി ഞാനൊക്കെ പരിഹാരമാവുമോ ഹിന്ദുമതത്തിൽ നിന്ന് ധാരാളം മതപരിവർത്തനം നടക്കുന്നു അതിനീ ഭക്തി ഞാനൊക്കെ പരിഹാരമാവുമോ കൊള്ള കൊല മോഷണം കുത്തും കൊലയൊക്കെ ഒരുപാട് നടക്കുന്നു ഇതിനൊക്കെ ഈ ഭക്തി ഞാനും പറഞ്ഞാൽ പരിഹാരമാവോ വേറെ ഒന്ന് രണ്ട് കാര്യം കൂടെ പറഞ്ഞു ഇനി ശരിക്കും ഓർമ്മയില്ല അപ്പൊ ഇത്തരമൊക്കെ പറഞ്ഞു സ്വാമിയുടെ അത് ചോദിച്ചപ്പോ സ്വാമി ഇതൊക്കെ കേട്ടു ഇയാളിങ്ങനെ ചൂടുപിടിച്ചിട്ടാണ് സംസാരിക്കണത് രാഷ്ട്രീയക്കാരെ പോലെ ഈ ചെറുപ്പക്കാരൻ സ്വാമി ഇതൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് ശാന്തമായിട്ട് നോക്കൂ ഈ കുടുംബത്തിലെ കലഹം പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞേ കുടുംബത്തിലെ വയസ്സിൽ മൂത്തവരുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ അറിയുന്ന വയസ്സായവരൊക്കെ കുടുംബത്തിലുണ്ട് കാരണവന്മാരൊക്കെ ഉണ്ട് അവരാണ് പരിഹരിക്കേണ്ടത് പിന്നെ കൊള്ളാ കൊല മോഷണം എന്നൊക്കെ പറഞ്ഞാൽ ഈ പോലീസ് ഇതൊക്കെ ഉണ്ട് അവരതൊക്കെ നോക്കണം പിന്നെ സ്വത്ത് പറ്റിക്കല് വരുമ്പോ കോടതി അതൊക്കെ ഉണ്ടല്ലോ അതവര് നോക്കും പിന്നെ മതപരിവർത്തനമൊക്കെ നിർത്തണമെങ്കിൽ അതിന് ചുമതലപ്പെട്ട മത നേതാക്കന്മാരൊക്കെ ഉണ്ട് മഠാധിപതികൾ അവരൊക്കെ ഉണ്ട് അവരൊക്കെ അത് ചെയ്യണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യും അവനൊന്നും പറയാൻ പറ്റില്ല ആ മൃദുവായി ശാന്തമായി ഞാൻ എന്തോ ഒതുങ്ങിയിരിക്കണോ അപ്പ എന്നെ എന്തിനാ ഈ പറയണ ചോദിച്ചോ അയാൾക്കൊന്നും പറയാൻ പറ്റാതെ അയാൾ മിണ്ടാതെ പോയി പോയി കഴിഞ്ഞു ഞങ്ങൾ ചോദിച്ചു സ്വാമി ഇത്ര എളുപ്പത്തിൽ എങ്ങനെയാ പരിഹരിച്ച സ്വാമി അവൻ ചൂടു പിടിച്ചപ്പോ എന്തെങ്കിലും ഉത്തരം പറയേണ്ടി വരുമോ എന്ന് സ്വാമി പറഞ്ഞു ഭഗവാൻ പറഞ്ഞു തന്നൊരു വഴിയാണ് ഈ ചണ്ട കൂടാൻ വരണവനോട് അങ്ങോട്ട് കിടന്നു കളയുന്ന കടന്ന് അങ്ങോട്ട് കടന്ന് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാലല്ലേ ഉള്ളൂ അങ്ങടെ മുമ്പിലേക്ക് അങ്ങോട്ട് കിടന്നു കളയുന്നു അവര് എപ്പോഴും ശണ്ട കൂടാൻ ആശിക്കുന്നത് തന്നെ നിങ്ങൾ തിരിച്ച് വാള് വെച്ചാലേ അവർക്ക് അംഗം കുറിക്കലാണേ നമ്മളെ കയ്യിൽ വാളയില്ലെങ്കില് അയാള് വാള് കൊണ്ടുവന്ന് അംഗം കുറിക്കാൻ വരുമ്പോ എന്റെ കയ്യില് വാളേ ഇല്ലെങ്കിൽ എന്തു ചെയ്യും കിടന്നടയുന്ന മാർദ്ദവം പല പ്രശ്നങ്ങളും രക്ഷപ്പെടുന്നത് നമ്മൾ മൃദുവായാൽ അടങ്ങിപ്പോയാൽ ശാന്തമായാൽ ക്രൗര്യം കാണിക്കാതിരുന്നാൽ രക്ഷപ്പെട്ടു പോകും ദൈവീ ഗുണമാണ് എന്നുവെച്ചാൽ അത്രയും എനർജി നമുക്ക് വെറുതെ ലോസ് ആവില്ല അല്ലെങ്കിൽ കാണാം ഒരു വാക്ക് അയാൾ പറഞ്ഞു രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചണ്ട പോയി കുറേ സമയം അതിൽ പോയി കുറെ നമ്മളുടെ മനസ്സിന്റെ അശാന്തിയും പോയി പിന്നെ വീട്ടിൽ നിന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല ഒരു കാര്യം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രബലമായി പിന്നെ അത് തോന്നിക്കൊണ്ടേയിരിക്കുക എത്ര പ്രശ്നങ്ങളാ ഒന്നും വേണ്ട വളരെ ശാന്തമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കാം ജയദ്രജ യുദ്ധത്തിന് അർജുനൻ പോയ പോലെ ജയദ്രദ യുദ്ധത്തിന് അർജുനൻ പോകുമ്പോ ഭീഷ്മരും ദ്രോണരും ഒക്കെ വെല്ലുവിളിക്കുകയാണ് ഭഗവാൻ പറഞ്ഞു വെല്ലുവിളി ഒന്നും സമയമില്ല എല്ലാവരെയും നമസ്കരിച്ചു പോയിക്കൊണ്ടേയിരുന്നുള്ളൂ എന്നാണ് വൈകുന്നേരം ആവുമ്പോഴേക്കും ജയദ്ര പിടിക്കണം അതിനൊറ്റ വഴിയേ ഉള്ളൂ ഇവരെയൊക്കെ നമസ്കരിച്ചു പോയിക്കൊണ്ടേയിരുന്നുള്ളൂ നിന്നാൽ നേരം പോവും മാർദ്ദവം മൃദുത മാർദ്ദവം ഹ്രീഹി ഹ്രീന്ന് വെച്ചാൽ ലജ്ജ ലജ്ജ എന്താന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാനുള്ള ലജ്ജ ദാനം ചെയ്യുമ്പോ ലജ്ജയോടെ കൊടുക്കണം എന്നാണ് ഹൃദാദേയം ഫോട്ടോഗ്രാഫർ വന്നോ അവിടെ നിൽക്കട്ടെ എന്നിട്ട് കൊടുക്കട്ടെ ആ കൊടുക്കുമ്പോ ഒരു ഗാംഭീര്യം അതൊന്നും വേണ്ട ഹൃയാദേയം ഭിയാദേയം സംവിധാദേയം കൊടുക്കുമ്പോ ആരും അറിയാതെ ലജ്ജയോടുകൂടെ ഇത്രയല്ലേ പറ്റുള്ളൂ ആ വാങ്ങിക്കുന്നവൻ എനിക്ക് വലിയ ഉപകാരമാണ് ചെയ്യണത് എന്നുള്ള ഭാവത്തോടുകൂടിയാണ് കൊടുക്കുന്നത് അല്ലാതെ ഇയാൾ നാളെ എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം എന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ ദാനമല്ലാതെ അതിനാണ് ഹ്രി ലജ്ജ നല്ല ലജ്ജയുണ്ടല്ലോ കുലജനപ്രഭവസ്യ ലജ്ജ ദേവി മഹാത്മ്യത്തിൽ പറയുന്നു അമ്മ ദേവി നല്ല കുലസ്ത്രീകളില് ലജ്ജയുടെ രൂപത്തിൽ പ്രകാശിക്കണമെന്നാണ് തെറ്റ് ചെയ്യാനോ അബദ്ധസഞ്ചാരമില്ലാതിരിക്കാനോ അവർക്കൊരു ലജ്ജ ആ ലജ്ജ തപസ്സിന്റെ ഫലമാണ് ഹ്രീഹി അച്ചാപലം ചാപല്യം എന്ന് വെച്ചാൽ ചേഷ്ട അഭിമാനം കൊണ്ടും അഹങ്കാരം കൊണ്ടും മറ്റുള്ള ആളുകൾക്ക് നമ്മൾ നമ്മളെ പ്രകടിപ്പിക്കാൻ വേണ്ടിയൊക്കെ ആവശ്യമില്ലാതുള്ള ചലനം ഉണ്ടല്ലോ അതിന് പേരാണ് ചാപല്യം നമുക്ക് നമ്മളെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കാണാം നാലുപേര് നമ്മളെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്തൊക്കെ മൂവ്മെന്റ്സ് ഉണ്ടോ അതൊക്കെ ചാപല്യാണ് അത് ഇല്ലായ്മ യോഗലക്ഷണമാണെന്ന് ആളുകൾ നോക്കുമ്പോഴും തനിച്ചിരിക്കുമ്പോഴും എപ്പോഴും ഒരേപോലെയാണെങ്കിൽ അ ചാപലം ചാപല്യ ഇല്ല ചപലതയില്ല ചേഷ്ട്രീഹി അചാപലം അടുത്ത ശ്ലോകം തേജക്ഷമാധൃതി ശൗചം അദ്രോഹോതിമാനിത ഭിസമ്പീം അഭിജാത ഭാരത തേജ പ്രാഗല്ഭ്യം നത്വഗതാദീപ്തി ആചാര്യസ്വാമികൾ തെളിവാക്കാണ് നമ്മൾ സാധാരണ തേജസ് എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ നല്ല പ്രകാശിക്കണുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശരീരത്തിന് ഇത്തിരി വെളുപ്പ് നിറയാണെങ്കിൽ നല്ല തേജസ് ആണെന്ന് പറയും ഈ കർത്തവർക്കൊക്കെ ഇപ്പൊ തേജസ് ഇല്ലേ അപ്പോ തേജസ് എന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾ തെളിവാക്കി പറയാണ് ശരീരത്തിന്റെ തോലിന്റെ പ്രകാശമോ വെളുപ്പ് നിറവോ അല്ല തേജസ് നത്വതാ ദീപ്തിഹി പിന്നെയോ പ്രാഗൽഭ്യത്തിന് പേരാണ് സന്നിധിയിൽ ഉണ്ടാവുന്ന അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠ കൊണ്ടുവരുന്ന ഒരു ശക്തിക്ക് പേരാണ് തേജസ് ആ തേജസ് ഭഗവാന് കൃഷ്ണന് ആ കുരുക്ഷേത്ര സഭയിലേക്ക് പ്രവേശിക്കുമ്പോ ആരും എഴുന്നേക്കരുത് നമുക്ക് ചട്ടം കെട്ടി വെച്ചു ദുര്യോധനൻ അല്ലേ എല്ലാവർക്കും അറിയണ കഥയാണ് കുഞ്ഞു നമ്പിയാർക്ക് ഇഷ്ടമുള്ള ഭാഗമാണത് കൃഷ്ണൻ വരുമ്പോൾ ഒരുത്തിനും എഴുന്നേൽക്കരുതെന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ ആദ്യം ഇങ്ങനെ എഴുന്നേറ്റു മഹാത്മാക്കളുടെ അടുത്തൊക്കെ നടക്കുന്നതാണ് വിവേകാനന്ദ പ്രസംഗമേടയിൽ അനേകം ഡെലിഗേറ്റ്സിൽ നിന്നടുപ്പിൽ അദ്ദേഹം ചെറുപ്പക്കാരൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാതിരിക്കുകയാണ് അദ്ദേഹം രണ്ട് വാക്ക് പറഞ്ഞിട്ടല്ല സഭയിൽ കോളികളൊക്കെ നമ്മൾക്കൊരു ധാരണയുണ്ട് വിവേകാനന്ദൻ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞതോടുകൂടെ ഏഴായിരം പേര് എഴുന്നേറ്റിൽ നിന്നും എല്ലാവരും കഥ കേട്ടിട്ടുണ്ടാവും പക്ഷെ അങ്ങനെയല്ല നടന്നത് അവിടെ ഇരിക്കുമ്പോ തന്നെ പിടിച്ചെടുത്തു ആളുകൾ അദ്ദേഹം ആ ജനങ്ങൾക്ക് നടുവിൽ ആ ഡെലിഗേറ്റ്സിന്റെ നടുവിൽ അദ്ദേഹം ഇരിക്കുമ്പോ തന്നെ ജനങ്ങളെ പിടിച്ചെടുത്തു കഴിഞ്ഞു ഈശ്വരന്റെ സാന്നിധ്യത്തിന്റെ പേരാണ് തേജസ് അല്ലാതെ അല്ല അത് ഈശ്വര സാന്നിധ്യത്തിന് പേരാണ് തേജസ് ആ സാന്നിധ്യയിൽ ഇപ്പോ രമണ മഹർഷിയുടെ അടുത്ത് പാൾ ബ്രിൻറ്റൺ വരുമ്പോ പാൾ ബ്രിൻറ്റന്റെ ലോകപ്രസിദ്ധമായ പുസ്തകമാണ് സെർച്ച് ഇൻ സീക്രെട്ട് ഇന്ത്യ ലോകത്തിൽ എത്ര എത്രയോ പ്രഗത്ഭന്മാരെ കണ്ടിട്ടാണ് അദ്ദേഹം മഹർഷിയുടെ അടുത്തേക്ക് വരുന്നത് ആ സെർച്ച് ഇൻ സീക്രട്ട് ഇന്ത്യയിൽ തന്നെ എത്രയോ വലിയ വലിയ പ്രസിദ്ധരായ ആളുകളെയൊക്കെ കണ്ടിട്ട് ആരും അറിയപ്പെടാത്ത ഈ ഋഷിയുടെ അടുത്തേക്ക് വരണത് അവസാനമാണ് അപ്പോ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നു ഓൾ ദോസ് ക്വസ്റ്റ്യൻസ് ദ ജസ്റ്റ് മെൽറ്റഡ് വേ ലൈക്ക് സ്നോ ബിഫോർ സൺ സൂര്യന്റെ മുമ്പില് മഞ്ഞുരുകി പോകുന്ന പോലെ ചോദ്യങ്ങളൊക്കെ ഉരുകിപ്പോയി ഒന്നും ചോദിക്കാനില്ല ആദ്യത്തെ ദിവസം ഒന്നും ചോദിക്കാൻ കഴിയാതെ നിശ്ചലമായിരുന്നു രണ്ടാമത്തെ ദിവസം നിർബന്ധമായിട്ട് ചോദിക്കണമെന്ന് തീരുമാനിച്ചു തീരുമാനിക്കുമ്പോ അറ്റൻഡന്റ് ഒരാൾ പറഞ്ഞു മഹർഷി അവിടെ ഉണ്ട് ആരും ഇല്ല ചോദിച്ചു കൊടുക്കുന്നു പോകുമ്പോ അവിടെ എന്തോ ചെയ്ത് വെറുതെ ഇരിക്കുകയാണ് അപ്പൊ ബ്രണ്ടൻ പറയണ്ട് എനിക്ക് വളരെ ആശ്ചര്യം ഞാൻ എത്ര ആളുകളെ കണ്ടിരിക്കുന്നു എത്ര പണ്ഡിതന്മാരെ കണ്ടിരിക്കുന്നു എത്ര സ്കോളേഴ്സിനെ കണ്ടിരിക്കുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ല കാരണം മൂന്ന് തടസ്സം അദ്ദേഹം പറയണ്ടേ ഒന്ന് അദ്ദേഹം വളരെ സിമ്പിളാണ് വസ്ത്രധാരണത്തിൽ മാത്രമല്ല പൊതുവേ അവൈലബിൾ ആണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മളുടെ മുമ്പിലുണ്ട് എങ്കിലും ആദ്യമായിട്ട് അദ്ദേഹം വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ ഒരു കാര്യം അതാണ് ഒരു കാരണം മറ്റൊന്ന് ആ സന്നിധിയിൽ പോകുമ്പോൾ നമ്മൾ ചോദ്യമൊക്കെ അടങ്ങിപ്പോകും മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഈവൻ ദോ ഈസ് അവൈലബിൾ ഈവൻ ദോ ഈസ് വെരി സിംപിൾ വെൻ എവർ ഐ ആം ഇൻ ഹിസ് പ്രസൻസ് ഐ ഫീൽ ഹിസ് നോട്ട് എ പേഴ്സൺ വിത്ത് ഹൂം യു ക്യാൻ ടോക്ക് ഇൻ ഈക്വൽ ടേംസ് എപ്പോഴും നമുക്ക് ഉപലഭ്യമാണെങ്കിലും എപ്പോ വേണമെങ്കിൽ എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാമെങ്കിലും അടുത്തു പോകുമ്പോ നമുക്ക് സമഭാവത്തിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെല്ലാം തോന്നിപ്പോണു ാംഭീര്യം പരിഘാപതം അതിനാണ് തേജസ് എന്ന് പേര് ആ ശക്തിക്കാണ് തേജസ് എന്ന് അത് ഈശ്വര സാന്നിധ്യമാണ് അല്ലാതെ എന്തെങ്കിലും ഒരു പവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പവറിന്റെ ഫലമല്ല അത് അതിനാണ് തേജ ക്ഷമ ക്ഷമ എന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞു തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സുഖ സഹിക്കാനുള്ള ശക്തി സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്വിളാഹിതം സാ തിക്ഷാഗ്യത്തെ അവസാദം പ്രാപ്ത തയ്യതിഷേധക അന്തഃക്കരണവൃത്തിവിശേഷ ദേഹവും ഇന്ദ്രിയങ്ങളുമൊക്കെ നമ്മളുടെ പിടിവിട്ടുപോകുമ്പോൾ ആ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ശരീരത്തിനെയും പിടിച്ച് തപസ്സിൽ ആത്മനിഷ്ഠയിൽ അധ്യാത്മ സാധനയിൽ നിർത്താനുള്ള ശക്തിക്ക് പേരാണ് ധൃതി അത് ഈശ്വര കൃപ ഗുരു കൃപ അതിന് നമുക്ക് എവിടെ എവിടെ നമ്മൾ ഡൗൺ ആവണോ ഏറ്റവും നല്ല വഴി എന്താന്ന് വെച്ചാൽ ധൃതിമാന്മാരായിട്ടുള്ള യോഗികളുടെ അടുത്ത് പോയി കുറച്ച് ദിവസം ഇരിക്കുക പിന്നെയും എനർജി വരും അവിടുന്ന് ഈ പെട്രോൾ ബങ്കിൽ പോയി ഫ്യൂവൽ നിറക്കണ പോലെ അതേ വഴിയുള്ളൂ വേറെ വഴിയില്ല നമ്മളുടെ സാമ്പർത്ഥ്യം കൊണ്ട് ധൃതി ഉണ്ടാവില്ല എപ്പോ അധ്യാത്മ സാധനകളിൽ നമ്മൾ അവസാദം ഉണ്ടാവണോ എന്ന് വെച്ചാൽ വീണു ക്ഷയം ഉണ്ടാവണോ അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ ബാറ്ററി റീചാർജ് ചെയ്യണ പോലെ മഹാപുരുഷന്മാരുടെ സമ്പർക്കം ത്യാഗവൈരാഗ്യയുക്തന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടുണ്ടാവണം ഉണ്ടാവുമ്പോൾ വീണ്ടും ധൃതി ഉണ്ടാവും ഇന്ദ്രിയങ്ങളുടെ മേലെയുള്ള ബലം എന്ന് വെച്ചാൽ അത് വിൽപവർ കൊണ്ട് സാധിക്കില്ല അത് നമ്മളുടെ വില്ലിനേക്കാളും പ്രബലമായ ഒരു വിൽ പവർ വേണോ അത് ഈശ്വര കൃപ വേണോ അതിന് ധൃതി എന്ന് പറഞ്ഞു ധൃതിഹി ഏനെ ഉത്തമ്പിതാനി കരണാനി ദേഹശ്ശനവസീതന്തി ശൗചം ആന്തരം ബാഹ്യം ബാഹ്യം നേര ചൊക്കെ കുളിക്കുക എന്നുള്ളത് രാവിലെ സ്നാനം ചെയ്യാം കേരളക്കാർക്ക് മലയാളികൾക്ക് പിന്നെ അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത് ബാഹ്യ ശൗചം മണ്ണുകൊണ്ടും മറ്റുമൊക്കെ മന്ത്ര ശൗചമുണ്ട് ബാഹ്യശൌചത്തിൽ തന്നെ പഴയ കാലത്ത് കുളിക്കാൻ പോകുമ്പോ ആദ്യം അറുകമ്പുല്ലെടുക്കും അതിനൊരു മന്ത്രമുണ്ട് പിന്നെ കളിമണ്ണെടുക്കും കളിമണ്ണെടുത്ത് മേത്തൊക്കെ സോപ്പിനു പകരം തേക്കുന്നത് മണ്ണാണ് ഇപ്പോഴൊക്കെ തന്നെ അതൊക്കെ തോലിനുള്ള രോഗത്തിനൊക്കെ മരുന്നായിട്ടൊക്കെ കണ്ടുപിടിച്ചപ്പോ ചെയ്യുന്നുണ്ട് കളിമണ്ണാണ് തേക്കുക മൃത്തികേ ഹരമേ പാപയ്യന്മയാഷ്കൃതം കൃതം മൃത്തികേ ബ്രഹ്മദത്താ സി കാശ്യപേനാഭിമന്ത്രി മൃത്തികാസൂക്തം ചൊല്ലി മണ്ണ് തേച്ചിട്ടാണ് കുളിക്കുക മണ്ണാണ് ശൗചത്തിന് അറുകമ്പുല്ലെടുത്തിട്ട് അറുക പുല്ലെടുത്തിട്ട് ശിരസിൽ വെച്ച് കുളിക്കാന്നൊരു പതിവാണ് അരച്ച് കുളിക്ക നല്ല നെർവസ് ടോണിക് ആണ് നെർവസ് ടോണിക് ആണത് അതുകൊണ്ട് ദൂർവ ദൂർവാ എന്നാണ് പേരതിന് ദൂർവാ ദുസ്വപ്നാശിനി ദുസ്വപ്നം എപ്പോഴും ന്യൂറോട്ടിക് പ്രോബ്ലമാണ് അത് വരാതിരിക്കണമെങ്കിൽ ദൂർവ ഉപയോഗിക്കണം ദൈനംദിനം ഉപയോഗിക്കണം എന്നാണ് സഹസ്രപരമാ ദേവി ശതമൂല ശതാങ്കുര സർവകും ഹരതുമേ പാപം ദൂർവാ ദുസ്വപ്നാശിനി ോഹന്തിരുഷ് പരുഷഫ് വേദം തന്നെ ആ പുല്ലിനെ സ്തുതിക്കുന്നതാണ് നമ്മളുടെ മുമ്പിൽ ഹേ ദേവി ദുർവാരൂപിണിയായ ദേവി അവിടെ കുന്നിനും മലയിലും കുഴിയിലുമൊക്കെ മുളച്ചു നിൽക്കണോ നീ എന്റെ പാപമൊക്കെ നീക്കൂ പാപം എന്താന്ന് വെച്ചാൽ ഡിസോർഡറാണ് ഞാനായിട്ട് വരുത്തി കൂട്ടിയ ചില കുഴപ്പങ്ങൾ കാരണം നാടിക്കും നരമ്പിനും ഒക്കെ ബലം കുറയുമ്പോൾ ഈ ദൂർവ രാവിലെ വെറും വയറ്റിലെ അരച്ചങ്ങിട് കുടിക്ക അല്ലെങ്കിൽ ശിരസില് വെക്കുക എന്നാണ് സമ്പ്രദായം എന്നിട്ടാണ് കുളി കുളിക്കുമ്പോ അകമർഷണ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ജലത്തിനെ അബ്ദേവതയായിട്ട് ജലത്തിനെ ദേവിയുടെ സ്വരൂപമായി ചുരുക്കത്തിൽ സകലതും ഭഗവത് സ്വരൂപമാണെന്നുള്ളത് രാവിലെ എണീറ്റ് കുളി മുതൽ തുടങ്ങാണ് ഹിണ്യശൃംഗം വരുണം പ്രപദ്ധ്യേ തീർത്ഥം മേ ദേ യാചിതയുക്തമസാധൂ പാപേ്യശ്ചതിഗ്രഹ യന്മേ മനസാ വാചാ കമ്മണാ ദുഷ്തം കൃതം തന്ന ഇന്ദ്രോ വരുണോ ബൃഹസ്പതി സവിത പുനന്ദു പുനഃ പുനഃ നമോ ഗനയേസുത്തെ നമോ ഇന്ദ്രാ നമോ വരുണാ നമോ വരുണ്യ നമോ അത്ഭ്യദേവതക്ക കരുണനും ബൃഹസ്പതിക്കും എല്ലാവർക്കും നമസ്കരിച്ച് എന്റെ പാപങ്ങളൊക്കെ തീരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ടാണ് സ്നാനം സമയം ഉണ്ടാവുക നമുക്കിതൊക്കെ ശൗിച്ചം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്നാണ് എന്നുവെച്ചാൽ ഹൈലി ഓർഡർലി ലൈഫാണ് ഹൈലി റിഫൈൻഡ് ലൈഫാണ് ഋഷികൾ വിഭാവനം ചെയ്ത ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്നതാണ് ജീവിതം ധന്യമാണ് കുളിക്ക ബാത്റൂമിൽ പോവുക ലാട്രിന് പോവാ ഒക്കെ ധന്യാണ് അതൊന്നും ഒന്നും നീച്ചല്ല നമുക്ക് കക്കൂസ് പോവാ മൂത്ര ഒഴിക്കാന്ന് പറഞ്ഞാൽ ഒരു എന്തോ തമാശ പോലെ തോന്ന വേദമാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ആ പരമേശ്വരൻ എന്റെ കയ്യിൽ ബലമായിട്ടും കാലിൽ സഞ്ചാരയോഗ്യതയായിട്ടും വയറ്റിൽ ജീർണശക്തിയായിട്ടും അപാനത്തില് വിസർജനം മലശോധനയ്ക്കുള്ള ശക്തിയായിട്ടും മൂത്രവിസർജനത്തിനുള്ള ശക്തിയായിട്ടും ഒക്കെ ആ ഭഗവാൻ എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അതൊന്നും ശരിക്കും നടന്നിട്ടില്ലെങ്കില് നമ്മളുടെ ചര്യകളിൽ മുഴുവൻ ഭഗവാനെ കൊണ്ടുവരണം കർമ്മേതിഹസ്തയോ ഗതിരീതി പാതയോ വിമുക്തിരീതി അങ്ങനെ അപ്പൊ ശൗചം ശരീരത്തിൽ ഓരോ ചലനങ്ങളെയും ഭഗവതർപ്പണമാക്കി ശുദ്ധം ചെയ്യാണ് അവസാന ശരീരം ശുദ്ധാക്കി ശുദ്ധാക്കി നമുക്ക് മനസ്സിലാവും ശരീരം ശുദ്ധാവില്ല അപ്പാണ് ഭഗവാനെ സ്മരിച്ചാൽ എല്ലാം ശുദ്ധാവുന്നറിയണത് അപ്പൊ ആന്തരിക ശൗചം ആദ്യം ബാഹ്യ ശൗചം കുറെയൊക്കെ ശരീരത്തിനെ ശുദ്ധമാക്കി വെക്കണം കുളിക്കണം വൃത്തിയാക്കി വെക്കണം തോന്നിയ സ്ഥലത്തൊക്കെ ഭക്ഷിക്കുകയും തോന്നിയതൊക്കെ കഴിക്കുകയും കുളിക്കാതിരിക്കുകയും വായു കഴുകാതിരിക്കുകയും ചെയ്യരുത് ഇതൊക്കെ ബേസിക് ആണ് ഇതൊക്കെ കഴിഞ്ഞ് ആന്തരിക ശൗചമാണ് സ്നാനം മനോമല ത്യാഗ മനസ്സിലുള്ള മലത്തിനെ നീക്കം ചെയ്യണത് ആന്തരിക ശൗചം ശൗചം അദ്രോഹോ നാതിമാനിത ശൗചം ആരെയും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളത് നാതിമാനിത അത്യർത്ഥം മാനഹ അദ്രോഹം എന്ന് വെച്ചാൽ ആരെയും ദ്രോഹിക്കാതിരിക്കുക കൂടുതൽ തന്നെക്കുറിച്ച് കൂടുതൽ ബഹുമാനവും തന്നെക്കുറിച്ച് കൂടുതൽ ധരിക്കലും താൻ എന്തോ ആണെന്ന് ഭാവന ചെയ്യലും ഇതൊക്കെ തന്നെ ഇല്ലാതിരിക്കുക എന്നുള്ളതൊക്കെ സമ്പദും ദൈവിയും അഭിജാതസ്യ ഭാരത് ഇരുപത്തിയാറ് ലക്ഷണങ്ങളാണ് നമ്മൾ നോക്കിയത് ഈ ഇരുപത്തിയാറ് ലക്ഷണങ്ങളെ ഭഗവാൻ പറഞ്ഞിട്ട് സമാപിക്കണത് ഭഗവാൻ പറയുന്നത് ഹേ അർജുന ഇതൊക്കെ തന്നെ ദൈവീസമ്പത്തുള്ള ആളില് സ്വാഭാവികമായി പ്രകാശിച്ച് കാണുന്ന നല്ല ഗുണങ്ങളാണ് ഇത് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നികത്തിക്കൊള്ളുന്ന എന്തൊക്കെ കുറവുണ്ടോ ആ കുറവൊക്കെ ഇല്ലാതാക്കി തൂർത്തോളുക അതിനെന്താ വേണ്ട അതിന് സത്സംഗമാണ് ഫലം എന്തെന്ത് ദൂഷ്യം നമ്മളുണ്ടോ എല്ലാ ദൂഷ്യങ്ങളെയും നിവൃത്തി ചെയ്യുന്ന ഒരു വലിയ മാർഗമാണ് സത്സംഗം മഹാപുരുഷ സമ്പർക്കം മഹാപുരുഷന്മാരുടെ ദർശനം സാധുക്കളുടെ ദർശനം സർവസംഗ ദർശനം ഭഗവൻ നാമജപം എല്ലാറ്റിനുമല്ല സത്സംഗം സത്സംഗം വലിയൊരു ബലമാണ് ഈ ഇരുപത്തിയാറ് ലക്ഷണങ്ങളും നിരന്തര സാധുസംഗം ചെയ്യുന്ന ആൾക്ക് വളരെ ലളിതമായിട്ട് വരും ഓരോന്നായി കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് പിടിച്ച കാര്യമാണ് ഈ ലക്ഷണങ്ങളൊക്കെ തന്നെ സാധുസംഗം കൊണ്ടുണ്ടാവും സത്സംഗം കൊണ്ടുണ്ടാവും സത്സംഗം കിട്ടിയിട്ടില്ലെങ്കിലോ ഭഗവാനോട് ഉത്കടമായ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കുക എല്ലാത്തിനും വേണ്ട ഏർപ്പാടൊക്കെ ആക്കിത്തരും ഭവന്തി സമ്പതും ദൈവീം അഭിജാത ഭാരത ഹേ അർജുന് ഇതൊക്കെ ദൈവീ സമ്പത്ത് ഉള്ള ആളുടെ ലക്ഷണമാണ് ഇനിയിപ്പോ മറ്റേവനെ കുറിച്ച് കേൾക്കണ്ടേ ഇനിയിപ്പോ ആസുരീ സമ്പത്തും കേൾക്കണ്ടേ എന്ന് എന്തിനാണ് ദൈവീ സമ്പത്ത് സ്വീകരിക്കാനും ആസുരീ സമ്പത്വം നമ്മളിൽ ചിലതൊക്കെ ഉണ്ടെങ്കിൽ കാണണമല്ലോ അതിനുവേണ്ടിട്ടാ എന്റെ ഒരു പരിചയക്കാരൻ ഭഗവത്ഗീത വായിക്കാൻ അദ്ദേഹത്തിന് ഒരു ഗുരു ചട്ടം കിട്ടി ഗീത വായിച്ചിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു എനിക്ക് പതിനേഴാം അധ്യായം വായിച്ചപ്പോ എന്നെ കുറിച്ച് പറയുകയാണെന്ന് മനസ്സിലായിരുന്നു ബാക്കി ഒരു അധ്യായവും ഒന്നും പിടികിട്ടിയില്ല എന്താ ഈ പതിനേഴാം അധ്യായത്തിലെ വിഷാദീ ദീർഘസൂത്രീ ച കർത്താ താമസ ഉച്ചതും ഈ തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളൊക്കെ എനിക്ക് നല്ലവണ്ണം ചേരുന്നു അതായാലോട് പറഞ്ഞു കുഴപ്പമില്ല നിനക്ക് ഗീതയിൽ പറയണ ഒരു നല്ല ലക്ഷണം ഉണ്ട് എന്നെക്കുറിച്ച് നിനക്ക് വലിയ വലിയ അഭിപ്രായ അഭിമാനമില്ലല്ലോ അത് തന്നെ വലിയൊരു ലക്ഷണമാണ് ഈ ആസുരീ സമ്പത്തിനെ ഭഗവാൻ പറയാം നോക്കൂ ദമ്പോ ദർത്തിമാനശ്ശോധ്യമേവ അജ്ഞാനം ചാഭിജാത പാർത്ഥസമ്പതമാസുരീം വളരെ എളുപ്പത്തില് ഭഗവാൻ തീർത്തു ദമ്പോ ദർപ്പ അതിമാനശ് അഭിമാനശ് എന്നൊരു പാഠം അതിമാനശ് ക്രോധ്യം അജ്ഞാനം ച അഭിജാതസ് പാർത്ഥസമ്പദം ആസുരീം എല്ലാ ആസുരീ സമ്പത്തിനും അമ്മയായിട്ടിരിക്കുന്നത് അജ്ഞാനാണ് അജ്ഞാനം പെറ്റുകൂട്ടണതാണ് ആസുരീ സമ്പത്ത് മുഴുവൻ അജ്ഞാനാണ് ആസുരീ സമ്പത്തിന്റെ പ്രസവസ്ഥലം ദമ്പഹ ദർപ്പ അഭിമാനശ് ക്രോധ പാരുഷ്യയെ വച്ച് ഈ ആസുരീ സമ്പത്ത് നമ്മൾ നാളെ കാണാം ചുരുക്കത്തിൽ ദൈവീ സമ്പത്ത് ജീവന സാക്ഷാത്കാരത്തിനും ആസുരീ സമ്പത്ത് സംസാരത്തിനും കാരണമായിട്ട് തീരാം ഇതാണ് ഭഗവാൻ തുടർന്നു പറയണത് െ കാണാം രാവിലെ ഏഴ് മണിക്ക് ഉള്ളത് നാൽപ്പത് വൈകുന്നേരം ആറര മണിക്ക് പതിവ് പോലെ ഭഗവത്ഗീത ഫാലാവനം കിരീടം നേത്രാക്ഷിശാദഗ്ധപഞ്ചേശുകീട്ടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധമർദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവദ ശംഭോ ശംഭോ മഹാദേവദിരാജദ് ഭുജംഗം അഭ്രഗംഗാതരാമോത്തമാം ുരംഗം സിദ്ധസംസേവിദാഘിം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദ നിത്യം ചിദാനന്ദോകൈരിപം കാർത്തരാഗേന്ദ്രഛാപം കൃത്വാസം ഭജേ ദർഗന്ധു ശംഭോ മഹാദേവദിവേശ ശംഭോ കന്ദർപ്പനീശം കാളകണ്ഠം മഹേശം മഹാവ്യോമകേശം कुंदा सुरेशं കുന്തം സുരേശം കോട്ടിസൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവദ ശംഭോ ശംഭോ മഹാദേവേവാ മന്ദാരഭൂത്തെരുദാരം മന്ദഗീന്ദ്രസാരം മഹാശൌര്യദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജതി ധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദിവംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവേവേന സന്തു േ സന്തുമയാേ ഭദ്രാണി പശ്യൻ മാ കിഖഭോ മതി ത്വമ തോന്നും മമ കിഞ്ചിസ്തിഥേഷ്ടം കൂരു തഥ ടമനം രവണ ഭരേ രാമ ഹരേ രാമ രാമ രാമ ഹരെ ഹരെ ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരെ ഹരെ േ രാമ ഹേ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഹരേ രാമ ഹരേ രാമ രാമ രാമ ഹരേ ഹരേ ഹരേ കൃഷ്ണ ഹേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരേ